is the uhi ankhaya േരമേവാൂനം ഏഥ്രണോ യം യു ചേ ീമാംസമേ ദഹരമേവാനൂനം ശിഷ്യം മറിഞ്ഞു സൃഷ്ടവേദ അഹം സൃഷ്ടുവേദ ഞാൻ വ്യക്തമായി അറിയുന്നു അറിയുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ അത് ധാരമേവ അത് നിന്റെ അത്പജ്ഞതയാണോ എൻ്റെ അത്പജ്ഞതയാണ് എന്തോ മനസ്സിലാക്കി പൂർണമല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു തസ്മാത് യുക്തമേവ ശിഷ്യസ്യ സുവേദേദി ബുദ്ധി നിരാകർത്തും സുവേദ ഞാനെതാ വ്യക്തമായി അറിയുന്നു ഗുരുവിൻ്റെ ഉപദേശം കേട്ടു ഉടൻ ശിഷ്യൻ പറയുന്നു ഞാൻ എതാ വ്യക്തമായി അറിയുന്നു എന്നുള്ള ആ ശിഷ്യന്റെ അഭ്രാന്തി സുവേ ദേദി ബുദ്ധി അതിനെ നിരാകരിക്കുക അത് പറഞ്ഞെന്താണ് ബുദ്ധിയെ വിചലിപ്പിക്കുക താൻ എന്തിനാണോ ഉറച്ചിരിക്കുന്നത് അതിനൊന്ന് ഇളക്കുക ഒരാൾ ഒരു ഭ്രമാത്മകമായ അനുഭവത്തിനും ഉറച്ചിരിക്കുക ജീവിതകാലം മുഴുവൻ ഉറച്ചിരിക്കുക ആ ഭ്രാന്തി നിന്ന് അയാളെ വ്യതിചലിപ്പിക്കുക മാറ്റി ചിന്തിപ്പിക്കുക വ്യതിചരിപ്പിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് തുടർന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ഇതാണ് ഈ പരമാവധി എത്തിക്കഴിഞ്ഞോ എന്നൊരിക്കൽ കൂടി ചിന്തിക്കുക അതിനുവേണ്ടി ധാരണ ശരിയല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞെന്താണ് അഗ്നിക്ക് അതിന്റെ സ്വരൂപത്തെ ദഹിപ്പിക്കാൻ കഴിയില്ല അഗ്നിക്ക് അതിന്റെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്ന അന്യൂ വേദിതാ ബ്രഹ്മണോസ് ഇവിടെ എന്താണോ ഞാനിതിനെ അറിയുന്നു വ്യക്തമായി അറിയുന്നു എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ദോഷമെന്താണോ താൻ സ്വയം തന്നെ അറിയുന്നവനായിരിക്കുന്നു അറിയുന്നവനായിരിക്കുന്ന തന്നെ ആണിവിടെ ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നത് അതിനെ വ്യക്തമായി അറിയുക തന്നെ സ്വയം വിഷയമാക്കുക അത് സാധ്യമല്ല പറയുന്നു ബ്രഹ്മണോ അന്യവേദിത അസ്ഥി തന്നിൽ നിന്ന് അന്യമായ ഒരു വേദിതാവില്ല അറിയുന്നവനില്ല എന്നിട്ട് തന്നെ അറിയുക അത് നടക്കില്ല സാധ്യമായ കാര്യമല്ല തന്നെ വേറിട്ട് അറിയുന്ന ഒരുവൻ തന്നെ അറിയുക ഞാൻ വ്യക്തമായി അറിയുന്നു എന്ന് പറയുമ്പോൾ ആരെ എന്നെയാണ് എന്നെയാണെങ്കിൽ അറിയുന്നവനായി ഞാൻ വേറെ വേണം അങ്ങനെ ഒന്നുമില്ല എസ്സി വേദ്യ മന്യം ബ്രഹ്മസ്യ മറ്റൊരു ബ്രഹ്മം അതിവിടെയില്ല അതില്ലെങ്കിൽ രണ്ടില്ലെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും ഞാൻ വ്യക്തമായി അറിയുന്നു എനിക്ക് വിഷയമായതിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയൂ എൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് എന്തുകൊണ്ടെന്നാ അന്യ അത് വസ്തുവിജ്ഞാത അത്യന്യോ വിജ്ഞാത പ്രതിഷിദ്ധ്യതി മറ്റൊരു വിജ്ഞാതാവ് എന്നെ അറിയുന്നു സുസ്വരൂപത്തെ അറിയുന്ന അവിജ്ഞാതാവിനെ നിഷേധിക്കുന്നു ഇതങ്ങനെ അറിയുന്ന അത അന്യവിജ്ഞാത നാസ്തി ശ്രുതി എന്ന് പറയും തൻ്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊരു വിജ്ഞാതാവില്ല അതുകൊണ്ട് തസ്മാത് സുഷ്ടുവേദാഹം ബ്രഹ്മേരി പ്രതിബദ്ധരും മിഥ്യായവ മിഥ്യ എന്ന് പറഞ്ഞാൽ ഭ്രാന്തി അതുകൊണ്ട് ഒരുവൻ അങ്ങനെ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു വ്യക്തമായി അറിയുന്നു വ്യക്തമായി അനുഭവിക്കുന്നു എന്നെല്ലാം പറയുന്നത് എന്തോ ഒരു ഭ്രാന്തമായ അനുഭവമാണ് ശ്രവണത്തിൽ നിന്നും എന്തോ ഒരു ഭ്രമാത്മകമായ അനുഭവം ഉണ്ടായി ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സ്വസ്വരൂപത്തെ സംബന്ധിച്ചങ്ങനെ പറയാൻ കഴിയില്ല അത് ഭ്രാന്തിയാണ് എന്നർത്ഥം തസ്മാദിത്തമേവ അഹാചാര്യ അതുകൊണ്ടാണ് ഇവിടെ ആചാര്യൻ ശിഷ്യന്റെ ആ ഭ്രാന്തി അദ്വൈത ശ്രവണത്തിന് ശേഷം സംഭവിച്ച ആഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടി പറയുന്നു മന്യസ് വേദാഹംബരം വേദി അതിനു വ്യാഖ്യാനിക്കുന്നു ഞാൻ വ്യക്തമായി ബ്രഹ്മത്തെ അറിയുന്നു അങ്പദേശിച്ചതിൽ നിന്നും നിങ്ങളുടെ ഉപദേശത്തിന്റെ ഫലമായി എന്ന് നീ അങ്ങനെ കരുതുന്നുവെങ്കിൽ ശിഷ്യനങ്ങനെ ധരിച്ചുവെങ്കിൽ എന്താണ് കഥചിത് യഥാശ്രിതം ദുർവിജ്ഞയമീ ക്ഷീണദോഷ പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇത് ദുർവിജ്ഞേയമാണ് ഏതെങ്കിലും ഒരു ഭ്രാന്തമായ അനുഭവത്തിലല്ല ഇതിൽ നിന്നുണ്ടാകേണ്ടത് അങ്ങനെ ഒരു ഭ്രാന്തമായ അനുഭവമില്ല അതാണ് ദുർവിജ്ഞയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭാവനകളോ കൽപ്പനകളോ അല്ല ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടത് ഇതിൻ്റെ അപരോക്ഷത സ്വസംവേദ്യത തിരിയാധിഗമം എന്നെല്ലാം പറയുന്നത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഇതിനെ ദുർവിജ്ഞയം എന്ന് പറയുന്നത് സമ്പ സങ്കല്പങ്ങളോ ഭാവനകളോ അല്ല എന്നാലും ഇവിടെ പറയുന്നു ക്ഷീണദോഷ സുമേധി പ്രതിബദ്ധ എന്നാലും അങ്ങനെയൊന്നും ഉണ്ടല്ലോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി ആത്മാനുഭവം അപരോക്ഷാനുഭവം ക്ഷീണദോഷ ഇതെടുത്ത് വിശദീകരിക്കും ദോഷങ്ങളെല്ലാം ക്ഷയിച്ചവൻ സുമേധാഹ തെളിഞ്ഞ ബുദ്ധിയുള്ളവൻ ചിത്തവിശുദ്ധമായവൻ ഇത് ഗ്രഹിക്കുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ പിന്നെ എന്തായതുണ്ട് പ്രയോജനം ഈ ഒരു വിദ്യ ഉപദേശിക്കുകയും ഈ വിദ്യ ഗ്രഹിക്കാൻ കഴിയുകയും ഇല്ലേ പിന്നെന്താ പ്രയോജനം വ്യാജ്ഞാന സംശയവിപരീയങ്ങൾ മാറി ഇത് പ്രകാശിച്ചില്ലെങ്കിൽ പിന്നെന്താ ഇതുകൊണ്ട് ഗുണം ഇപ്പോൾ ഇത് എവിടെയോ ഇതിന്റെ ഒരു അര അപരോക്ഷത ഒരനുഭവമുണ്ട് യഥാർത്ഥമായ അനുഭവമുണ്ട് കസ്റ്റിന്ന പക്ഷെ ചിലർക്കത് കഴിയുന്നില്ല ആർക്കും ഇത് കഴിയുന്നുണ്ട് ആർക്കും കഴിയുന്നില്ല ഇത് രണ്ടും ഉണ്ടല്ലോ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ അനുഭവങ്ങളെയും ഭ്രാന്തിയാണ് ഭ്രമമാണ് ഞാൻ അറിയുന്നു എന്നതിനെ ആർക്കും പറയാൻ കഴിയില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ സ്വാനുഭവത്തെ തളികളെയാണ് ഇതിസാസംഗം സംശയത്തിൽ അഹ ഇതി സമാനം പറയുന്നു ദുഷ്ടഞ്ജയ യേശു അക്ഷിണി പുരുഷോ ദൃശ്യത യേശു ആത്മേയ ഹ ഓ വാച ഏതത് അമൃതം അഭയമേതദ് ബ്രഹ്മു പ്രജാതിയ പണ്ഡിതീനോവനുപയോഗിതം സ്വഭാവം അപേക്ഷ ചതുയാ പ്രഥമോക്തമേ ബ്രഹ്മ പ്രതിപന്ന ശൃതാം വിപരീതം അതീന്ദ്രിയത്മത എന്താണോ ക്ഷീണദോഷ അതാണ് മുഖ്യമായിരിക്കുന്നത് ഇതിനെ ഇതത്ര ശ്രവിച്ചാലും മനനം ചെയ്താലും ധ്യാനിച്ചാലും ഈ ഭ്രാന്തി മാറണമെങ്കിൽ എന്തുവേണം ക്ഷീണദോഷ സുമേധ ക്ഷീണദോഷം കൊണ്ട് സുമേധനായവനെ ദോഷങ്ങളെല്ലാം പാപങ്ങളെല്ലാം നശിച്ച് ബുദ്ധി തെളിഞ്ഞവനെ ഉള്ളു തെളിഞ്ഞവനെ സംബന്ധിച്ച് അവന് പറയാം സുവേദ സുഷ്ടുവേദ അതവൻ വിഷയമായി ഗ്രഹിച്ചിട്ടല്ല പറയുന്നു അങ്ങനെയല്ല പ്രകാശത്തിന് അതിന് പറയേണ്ട ആവശ്യമില്ല ഞാൻ പ്രകാശിക്കുന്നു എന്ന് വിചാരിച്ചത് പ്രകാശിക്കുന്നില്ല എന്നർത്ഥമല്ലോ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ അതിനൊരു ഉദാഹരണം പറയാണ് പ്രാജാപത്യഹ േശുവാക്ഷിണി പുരുഷോ ദൃശ്യതയും രണ്ടുപേരും ആത്മവിധിക്ക് വേണ്ടി പ്രജാപതിയെ സമീപിച്ചു ശാന്ത രണ്ടുപേരെയും മുന്നിൽ നിർത്തിയിട്ട് ഒരേ ഉപദേശം തന്നെ ഉടക്കും പ്രജാപതി പക്ഷേ ണിച്ചു രണ്ടുപേരും കൊടുത്ത ഒരേ ഉദ്ദേശം തന്നെ എന്താണ് ഏതത് അമൃതം അഭയം ഏത് ബ്രഹ്മ അമൃതവും അഭയവുമായിരിക്കുന്ന ബ്രഹ്മമാണ് മോക്ഷസ്വരൂപമാണിത് ഭയശൂന്യമാണ് മരണശൂന്യമാണ് ആ ബ്രഹ്മമാണ് പക്ഷെ അത് ഏതായിട്ടാണ് പറഞ്ഞുകൊടുത്തത് ഈഷോ അക്ഷിണി പുരുഷോ ദൃശ്യത േഷാത്മാ പറഞ്ഞു നോക്കുക ഈ നിങ്ങൾ എന്താണ് ആത്മാവ് അക്ഷണി പുരുഷോധിച്ചതേ നമ്മളൊരാളുടെ കണ്ണിലേക്ക് നോക്കുക സ്വന്തം കണ്ണിൽ നോക്കാൻ കഴിയില്ലല്ലോ മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കുക അവിടെ ഒരു അക്ഷിപുരുഷനെ കാണാം എന്താണ് അക്ഷീല പുരുഷൻ മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയാൽ കാണുന്നത് തന്നെ തന്നെ അവിടെ തൻ്റെ ഛായ തൻ്റെ നിഴൽ കാണും അക്ഷി പുരുഷൻ അങ്ങനെയാണ് ഇന്ദ്രനും വിരോധനും മനസ്സിലാക്കിയത് പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയ പോലെ എന്തുകൊണ്ട് ഏതത് അഭയം അമൃതം ബ്രഹ്മ എന്നാണ് പറഞ്ഞത് കണ്ണിൽ കാണുന്ന നിഴൽ ഛായ അതല്പമാണ് അവിടെ ഒന്നും മാറിയാൽ കാണത്തില്ല പിന്നെ കാണുന്നവരെങ്ങനെയാണോ അതുപോലെ കാണും അടുത്തു പറയും എന്താണ് വസ്ത്ര അലങ്കാരങ്ങളോടുകൂടി മുടിയും നഖുമെല്ലാം മുറിച്ച് സുന്ദരനായി നോക്കിയപ്പോ സുന്ദരമായ രൂപത്തെ കണ്ടു അതൊന്നുമില്ലാതെ പ്രാകൃതമായ രൂപത്തെ കണ്ടു അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇന്നലെ അവിടെ കാണുന്നുണ്ട് ഒരു പുരുഷനെ സ്വന്തം ചായയെ തന്റെ പ്രതിബിംബത്തെ കാണുന്നുണ്ട് അത് നോക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്താണ് ഇത് അമൃതവും അഭയവുമാണ് അപ്പൊ അവിടെ പ്രജാപതി ഉദ്ദേശിച്ചത് ആ രൂപത്തെ അല്ല നിഴലിനെ പക്ഷെ കണ്ണിൽ കാണുന്ന ആ പുരുഷൻ എന്ന് പറഞ്ഞപ്പോ അവർക്ക് സംശയമുണ്ടായി അപ്പോൾ ഈ വെള്ളത്തിൽ കാണുന്ന പുരുഷൻ കണ്ണാടിയിൽ കാണുന്ന പുരുഷൻ വീണ്ടും ചോദിക്കും അതാണോ അത് കണ്ണിൽ നോക്കേണ്ട കാര്യമില്ല ഒരാളുടെ വെള്ളത്തിൽ നോക്കിയാലും കാണാം സ്വന്തം നേട് കണ്ണാടിയിൽ നോക്കിയാലും കാണാം നഴല് ഇതാണോ എന്നും ചോദിച്ചു അതെ എന്ന് മറുപടിയും പറഞ്ഞു പ്രജാപതി പറഞ്ഞു അത് തന്നെ ആ കണ്ണിൽ കാണുന്ന പുരുഷൻ തന്നെയാണ് കണ്ണിൽ കാണുന്ന പുരുഷൻ തന്നെയാണ് സർവത്ര പക്ഷെ എന്തുകൊണ്ട് അഭയം അമൃതം എന്ന് പറഞ്ഞു ദേവന്മാരും അസുരന്മാരും അമൃതത്തെ അന്വേഷിക്കുന്നവരാണ് അപ്പോൾ ആത്മാവിനെ അറിഞ്ഞാൽ അമൃതത്വം പ്രാപിക്കാമെന്നറിഞ്ഞുകൊണ്ടാണ് അവർ എന്നാലും ഈ ആത്മാവിനെ അറിഞ്ഞുള്ള അമൃതത്വം പാലാഴി അടഞ്ഞു കിട്ടുന്ന അമൃതമുണ്ട് ആത്മാവിനെ അറിഞ്ഞാൽ കിട്ടുന്ന അമൃതത്വം അത് പ്രാപിക്കാം എന്ന് അങ്ങനെ അന്വേഷിച്ചത് പ്രജാപതിയോട് പ്രജാപതി വ്യക്തമായി പറയുക കണ്ണിൽ കാണുന്ന പുരുഷൻ അക്ഷിണി പുരുഷൻ ഇത് കേട്ട് അവർ വീണ്ടും ചോദിച്ചു ഒന്ന് ഉറപ്പുവരുത്താം അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ കാണുന്ന പുരുഷനും കണ്ണാടിയിൽ കാണുന്ന പുരുഷനും അതാണോ ആത്മാവ് അതെ അത് തന്നെ രണ്ടുപേരും മടങ്ങിപ്പോയി ശ്രുതി പറയുന്നത് എന്താണോ ശാന്ത മനസ്സന്മാരായി എന്നുവെച്ചാൽ അവർക്ക് ജിജ്ഞാസ ഉണ്ടായിരുന്നു എന്താണോ എങ്ങനെ ഈ അമൃതത്വത്ത് പ്രാപിക്കാം അതെങ്ങനെ അറിയാം അതിനാണ് ആദിഗുരുവായ പ്രജാപതിയുടെ അടുത്തേനാണുള്ളത് പ്രജാപതിയുടെ ഉപദേശത്തിനും പക്ഷപാതമില്ലാതെ ഉപദേശിച്ചു രണ്ടുപേർക്ക് പോലും പോകുന്നു ഗുരുക്കന്മാരങ്ങനെയാണ് ചെയ്യുന്നു അത്യന്തം മൂർഖന്റെ മുമ്പിലും വിദ്വാന്റെ മുമ്പിലും ഒരേ ഭക്ഷണം തന്നെ വിളമ്പുന്നു ഒരേ ഉപദേശം തന്നെ കൊടുക്കുന്നു പക്ഷെ ഗ്രഹിക്കുന്നത് അവനവന്റെ നിലയ്ക്കനുസരിച്ചിട്ടാണ് രണ്ടുപേർക്കും ശരി അക്ഷയ പുരുഷനാണ് ആത്മാവ് എന്നറിഞ്ഞപ്പോൾ അത്രയും കേട്ടുകഴിഞ്ഞപ്പോ സമാധാനമായി രണ്ടുപേരും മടങ്ങിപ്പോയി രണ്ടുപേരോളം മടങ്ങിപ്പോകുന്നെങ്ങനെയാണ് ഗുരുക്കന്മാരായിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഉപദേശം കേട്ടു ഗുരുവായി രണ്ടുപേരും ഗുരുക്കന്മാരായി മടങ്ങിപ്പോയി വിരോചനൻ അസുര രാജാവ് പിന്നെ ഉണ്ടായി ഒറ്റ ഉപദേശത്തിൽ താൽ സർവ്വ സംശയങ്ങളും മാറുന്നു ഒരു പുനഷത്ത് പിടിച്ചാൽ മതി പിന്നെ അവന് പറയും ഇനി എനിക്ക് കേൾക്കേണ്ട കാര്യം ഞാൻ മനസ്സിലാക്കി എന്താണോ പറഞ്ഞത് അത് ആശാനക്കാളും ഒരുപടി കടന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അയാൾക്കിപ്പോൾ അത്രയും വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിരിക്കാൻ വഴിയില്ല മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെപ്പോലെ സിദ്ധനായന് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലായിരുന്നു വീണ്ടും ഇത് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല ഇത് തന്നെ വിരോധനം കരുതി വിരോചന പോയി അസുരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഉപദേശിച്ചു ഞാൻ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ചെറിയ നിസ്സാരനായ ഒരു ഗുരുവിൽ നിന്നല്ല ആദി പ്രജാപതിയിൽ നിന്നാണ് ഞാനീ വിദ്യ ഗ്രഹിച്ചതും നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നീ ലോകത്ത് നിലവിലുള്ളതിനു വെച്ച ഏറ്റവും വലിയ ഗുരുവിൻ്റെ അടുത്തതെന്നാണ് ഞാൻ മന്ത്ര സ്വീകരിച്ചിരിക്കുന്നത് ഉപദേശം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പൂർണ്ണസിദ്ധനായിരിക്കണം എനിക്കിനി ഒരുത്തൻ്റെയും പ്രഭാഷണം കേൾക്കേണ്ട ആവശ്യമില്ല ഉപദേശങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ പറഞ്ഞു പ്രജാപതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുരുവിൽ നിന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കേട്ട് ജീവിച്ചു കൊള്ളണം എന്താണോ എല്ലാവരും നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കാണുന്നുണ്ടല്ലോ എന്താണ് കാണുന്നത് നീണ്ടു കാണുന്നുണ്ട് ഇത് തന്നെയാണ് ആത്മാവ് അസുരന്മാർക്കെല്ലാം സന്തോഷമായി അപ്പോൾ എന്താണെന്ന് കണ്ണിൽ കണ്ടത് നിരല് ആര് നമ്മുടെ തന്നെ നിരല് അപ്പോൾ എന്താണ് ആത്മാവാദം നമ്മൾ തന്നെയാണ് അത് ഗുരു വളരെ ശാസ്ത്രീയമായി ബോധിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്തു നല്ല വസ്ത്രങ്ങൾ അടിയാനും തിന്നാനും കുടിക്കാനും എല്ലാം തുടങ്ങി അങ്ങനെയാണ് അവർ മദ്യപാനികളും മറ്റുമായ ഗുരുപദേശിച്ചിട്ട് ആ ഗുരുവിൻ്റെ ഉപദേശത്തെ ശരിയായി ധരിച്ചു അവരെ കുറ്റം പറയാൻ പറ്റും ഗുരു പറഞ്ഞു കൊടുത്തേണ്ടേ അവര് ധരിച്ചുള്ളു അവർ ഭൗതികന്മാരായി പഴയ വിഷയഭോഗങ്ങളിൽ മുഴുകി കാരണം ഇത് തന്നെയാണ് ആത്മാവ് പിന്നെ ആരുടെ അടുത്ത് പോയില്ല പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല ബ്രഹ്മനിഷ്ഠന്മാരായി അതുപോലെയാണ് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഉപദേശവും മന്ത്രവും ഒക്കെ കേട്ട് ബ്രഹ്മനിഷ്ഠന്മാരാവുന്നവർ പിന്നെ അവർക്കതിനെ തുടർന്ന് മറ്റന്നതിൻ്റെ ആവശ്യമുണ്ട് സത്സംഗത്തിൻ്റെ ആവശ്യമുണ്ട് ഉപദേശങ്ങളുടെ ആവശ്യമുണ്ട് സ്വയം സിദ്ധന്മാരായി അവർക്ക് പിന്നെ ഒരേ ഒരു ജോലിയേ ഉള്ളൂ എന്താണ് ഗുരുവിൻ്റെ ജോലി ഉപദേശിക്കുകയും മറ്റുള്ളവരെ സിദ്ധന്മാരായിരിക്കുകയാണ് അത് എന്നെ അസുരന്മാരെല്ലാം ദുരോചനൻ ഗുരുവായതോടുകൂടി എല്ലാ അസുരന്മാരും ഗുരുക്കന്മാരായി പിന്നെ അവരുടെ പ്രവൃത്തി അങ്ങനെയായി അതെന്തുകൊണ്ട് സംഭവിച്ചോന്നല്ലത് പറയും ഇതൊക്കെ സാധനം നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഗുരുവിനെ സമീപിച്ചു ഗുരുവിൽ നിന്നും മന്ത്രം കിട്ടി അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ചു ഇനി ഇതിനപ്പുറം എന്താണ് ഇത് മതിയല്ലോ മറ്റൊന്നിൻ്റെ ആവശ്യമുണ്ടോ ഗീത പഠിക്കുക പുനിഷത്ത് പഠിക്കുക ഇതിൻ്റെയൊക്കാവശ്യം എന്താണ് ഗുരു തന്നിരിക്കുന്നത് എന്താണ് പറഞ്ഞത് ഏതാ അഭയം അമൃതം അതാ ഗുരു പറഞ്ഞിരിക്കുന്നത് മോക്ഷമൊന്നും ഗുരുചന് തത്ക്ഷണം തന്നെ മോക്ഷം കിട്ടി സർവസുരന്മാർഗം കിട്ടി മോക്ഷം അതുപോലെ ഉള്ള മോക്ഷം ഉടം മോക്ഷം അതിന് സംതൃപ്തരാകുന്നവരാണ് കൂടുതലും പക്ഷെ ഇന്ദ്രൻ അങ്ങനെ സംതൃപ്തനായില്ല ഇന്ദ്രൻ ഈ കേട്ടതിനെ കുറിച്ച് ചിന്തിച്ചു വിരോചനെ പോലെയല്ല വിരോചനത് ഉറച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടോ ഭ്രമാത്മകമായ മോക്ഷം ഭ്രാന്തമായ മോക്ഷം അതാണ് വിരോധനു കിട്ടിയത് ഇന്ദ്രൻ അങ്ങനെയല്ല ഗുരു പറഞ്ഞതിനെ ചിന്തിച്ചു സംശയമില്ലാതിരിക്കുന്നത് മൂഢതയുടെ ലക്ഷണമാണ് ജ്ഞാനത്തിൻ്റെയും ലക്ഷണമാണ് മൂഢതയുടെ ലക്ഷണമാണ് വിരോചനെ സംബന്ധിച്ച് സംശയം ഉണ്ടായി സ്വന്തം മൂഢതമുണ്ട് എന്തങ്ങനെയല്ല സംശയമുണ്ടായി ചിന്തിച്ചു ആക്ഷിയിൽ കാണുന്ന പുരുഷൻ അത് ഒരുപോലെയല്ലോ ഞാൻ വസ്ത്രാലങ്കാരങ്ങളോട് കൂടിയിരിക്കുമ്പോൾ കാണുന്നു വന്നു അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കാണുന്നു മറ്റൊന്നും ഇത് മാറുന്നുണ്ടല്ലോ അതെങ്ങനെ അമൃതമാകും നശിക്കാത്ത ബ്രഹ്മമാകും അമൃതം എന്ന് വെച്ചാൽ നശിക്കാത്തതല്ലേ നാശരഹിതനായ ബ്രഹ്മ ആത്മാവാകുന്ന എങ്ങനെയാണ് അതുകൊണ്ട് ഗുരു പറഞ്ഞതിൻ്റെ താത്പര്യം അതല്ല അത് ശരിയാണ് ഗുരുവിനൊന്നേ പറയുള്ളൂ അഭയം അമൃതം ഏതത് ബ്രഹ്മ ഇതാണ് ആദ്യവും മധ്യത്തിനും അവസാനവും എല്ലാം പറയുന്നതല്ല പക്ഷെ താൻ ധരിച്ചതിന് എന്തോ പെശു വന്നിരിക്കുന്നു താൻ ധരിച്ചതിൽ പൂർണതയില്ല എന്ന് കരുതി ഇന്ദ്രൻ പോയി ദേവന്മാരെ ഉപദേശിക്കുന്നതിന് മുന്നായിട്ട് മുന്നിലായി വഴിക്ക് വെച്ച് തിരിച്ചു നടന്നു ഉപദേശം കേട്ട ഉടനെ ഹൃദയം ശാന്തമായി പക്ഷേ മുമ്പോട്ട് നടന്നപ്പോൾ വീണ്ടും അസ്വസ്ഥമായി അസ്വസ്ഥത അതൊരു നല്ല ലക്ഷണവും മൂഢത്തെ മാറ്റുന്നു എന്നാണ് അസ്വസ്ഥത ഉപദേശം കേൾക്കുന്നു വീണ്ടും മനസ്സ് അസ്വസ്ഥമാകുന്നു എന്തോ ഒരു പോരായ്മ എന്തോ ഒരു അപൂർണത അതാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വാസ്വസ്ഥത കൊണ്ട് ഇന്ദ്രന് ദേവന്മാരെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അവിടെ പോയി ഗുരുവാകാനോ ഉപദേശിക്കാനോ കഴിഞ്ഞില്ല സ്വയം കൃതാർത്ഥനായെന്ന് തോന്നിയില്ല അതുകൊണ്ട് തിരിച്ച് നടന്നു തിരിച്ച് നടന്ന് വീണ്ടും പ്രജാപതി പിടിച്ച് കുളിച്ചു അങ്ങെന്താണ് ഉപദേശിച്ചത് ഏതത് അഭയം അമൃതം ബ്രഹ്മ പക്ഷേ ഇതെങ്ങനെ അഭയവും അമൃതവുമാവും ഈ അക്ഷപുരുഷൻ അതാകാൻ വഴിയില്ലോ അത് നശിക്കുന്നതാണല്ലോ എനിക്ക് വേണ്ടത് നിത്യനായ ആത്മാവിനെയാണ് ആ ഗലാപതി പറഞ്ഞു ശരി നീ ചിന്തിക്കുന്നവനാണ് മൂഢനല്ല നീ ഗുരുപദേശത്തിൽ കൃതാർത്ഥനായില്ല പൂർണ്ണത നേടിയില്ല അതാണ് വേണ്ടത് ഒരു കാര്യം ചെയ്യുക പോയി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക മുപ്പത്തിരണ്ട് വർഷം കുറച്ചൊന്നുമില്ല എന്നു പറഞ്ഞാൽ ആവിഷ്കാരം മുഴുവൻ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ഉപദേശം ഉള്ളൂ ഏതാ അഭയം അമൃതം ബ്രഹ്മ ഇത് കൂടുതലൊന്നും ഉപദേശിക്കാനില്ല പക്ഷെ ഗ്രഹിക്കാൻ ഇനിയുണ്ട് അതുകൊണ്ട് പോയി ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുക ഇന്ദ്രൻ പോയി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു മുപ്പത്തിരണ്ട് വർഷം തപസ് അനുഷ്ഠിച്ചു വീണ്ടും ചെന്ന് രണ്ടാമത് ചെന്നപ്പോൾ എന്താണ് പറഞ്ഞത് വേശ സ്വപ്ന മഹിമാന ശരതി ഏതത് അഭയം അമൃതം ഏതത് ബ്രഹ്മ വീണ്ടും ഉപദേശിച്ചങ്ങനെയാണ് അത് അത് വിട്ടു ആദ്യം പറഞ്ഞതിനെ വിട്ടു ആ സ്വപ്നത്തിൽ പൂജനീയനായി സർവകാമങ്ങളും അനുഭവിച്ചുകൊണ്ട് സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് സ്വേച്ഛാചാരിയായി വിഹരിക്കുന്ന ആ പുരുഷനുണ്ടല്ലോ അതാണ് എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് ദുരോജനം കുടുങ്ങിപ്പോയി ഈസ്തുലെ ശരീരം അതിൽ മാറ്റി കുറച്ചും കൂടി സ്വപ്നത്തിലേക്ക് പോയി സ്വപ്നത്തിലെ ആ പുരുഷൻ ഈസ്തു ശരീരത്തെ വിടുന്നുണ്ടല്ലോ അതിനുപദേശിച്ചു അതാണോ അഭയം അമൃതം ബ്രഹ്മ അതാണ് അവിടെ മാറ്റി ആദ്യത്തെ ഉപദേശം തന്നെയാണ് രണ്ടാമതും കൊടുക്കുന്നത് പക്ഷേ ഛായാപുരുഷൻ എന്നുള്ളത് മാറ്റിയിട്ട് കണ്ണില്ല ഛായാപുരുഷൻ എന്നുള്ളത് മാറ്റിയിട്ട് പറഞ്ഞു സ്വപ്നത്തിലെ പുരുഷൻ സ്വപ്നപുരുഷൻ എന്ന് പറഞ്ഞു പോ ഇന്ദ്രനെ ബോധ്യപ്പെട്ടു ശ്രവണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു ഈ കാണുന്ന സ്ഥൂല ശരീരമല്ല ഛായാപുരുഷന് ഈ സ്ഥൂല ശരീരമാണോ അതിൽ നിന്ന് വേറിട്ടൊരുവനാണോ വീണ്ടും സമാധാനമായി രണ്ടാമത്തെ ഉപദേശത്തിനും തത്കാലത്തെ കൃതാർത്ഥനായി അതാണ് നമുക്ക് സംഭവിക്കുന്നത് ശ്രവണം കൊണ്ട് നമുക്ക് തത്കാല ശാന്തി വരുന്നുണ്ട് മനസ്സ് ശാന്തമാകുന്നു പക്ഷേ സ്ഥായിയാകുന്നുണ്ട് തത്കാല കൃതാർത്ഥത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അഭയം അമൃതം ബ്രഹ്മ വീണ്ടും സംശയരഹിതനായി അതറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെന്താ ജോലി ഉപദേശിക്കുകയാണ് ഈ അറിവും മറ്റുള്ളവർക്കും പകർന്നു ഇന്ദ്രനും അതുതന്നെ തീരുമാനിച്ചു ദേവന്മാരുടെ അടുത്തേക്ക് നടന്നു വീണ്ടും ചിന്തിച്ചു ആ സ്വപ്ന പുരുഷൻ ആ സ്വപ്ന പുരുഷൻ എങ്ങനെ അമൃതമാകും എങ്ങനെ അഭയമാകും കാരണം അവിടെയും സുഖമനുഭവിക്കുന്നു ദുഃഖവും അനുഭവിക്കുന്നു ആ പുരുഷനും വീണ്ടും കാണാതാകും സുഷൃപ്തിയിലേക്ക് പോകും ജാഗ്രത്തിലേക്ക് വരുന്നു അതെങ്ങനെ അഭയവും അമൃതവുമാകും ആ ഒരു ഭാഗം യോജിക്കുന്നില്ല വീണ്ടും അസ്വസ്ഥനായി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ശരി ആ സംശയവും തീർക്കാൻ വീണ്ടും പ്രജാവതിയെ സമീപിച്ചു വീണ്ടും ചോദിച്ചു അവിടെ ചെന്നപ്പോഴോ വീണ്ടും ഉപദേശിച്ചു എത്രയേത് സുപ്ത ആ പുരുഷനെ അഭയവും ആ പുരുഷന് ഏതാണ് അവൻ തന്നെയാണ് ആ ഛായാപുരുഷനായിരിക്കുന്നു അവൻ തന്നെയാണ് സ്വപ്നപുരുഷനായിരിക്കുന്നത് അവൻ തന്നെയാണ് സർവസമ്പൻ സമ്പന്നനായി സുപ്തനായിരിക്കുന്നു സമ്പ്രസാദനായിരിക്കുന്നത് അവൻ തന്നെയാണ് അവിടെ എന്താണോ ഈ സദുഃഖാനുഭവങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റമില്ല അവിടെ പറഞ്ഞു പ്രജ്ഞാനഘനായി സർവജ്ഞനായിരിക്കുന്നു അവനാണ് ആ പുരുഷനാണ് ഒരു പടികൂടി മുകളിലേക്ക് പോയി സുപ്ത പുരുഷനെ അങ്ങനെ ഉപദേശിച്ചു കുറച്ചുകൂടി ചിന്തിക്കാൻ പ്രാപ്തനാക്കി വീണ്ടും ഇന്ദ്രൻ സമാധാനമായി ശാന്തഹൃദയനായി കൃതാർത്ഥനായി വീണ്ടും ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്നും മടങ്ങി ഗുരുവായി ദേവന്മാരുടെ അടുത്തെത്തിയപ്പോൾ വീണ്ടും സംശയവുമായി അതങ്ങനെ ശരിയാകും അവിടെ പൂർണമായ അന്ധതയാണല്ലോ അവിടെ അങ്ങനെയൊരു പുരുഷനെ അറിഞ്ഞിട്ട് എനിക്കെന്താ ഗുണം അങ്ങനെ ഒരു പുരുഷനെക്കുറിച്ചുള്ള അറിവിൽ എനിക്ക് കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ലല്ലോ വീണ്ടും ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഞാൻ സുഖിയായും ദുഃഖിയായും നിൽക്കുന്നുണ്ട് എന്തിനാണ് ഗുരുവിനെ സമീപിച്ചത് അമൃതത്വത്തിന് വേണ്ടിയിട്ടാണ് അതനുഭവിക്കണം ഇവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്ത പുരുഷന്മാരെ കുറിച്ച് കേട്ട് കേട്ടിട്ട് സ്വയം അത് അനുഭവിക്കാൻ കഴിഞ്ഞത്വം കേട്ടപ്പോ ശാന്തി അനുഭവിച്ചെങ്കിലും വീണ്ടും അസ്വസ്ഥനാകുന്നു അപ്പൊ അതല്ല അവിടെയും തന്റെ ഗ്രഹണം പൂർണമായി വീണ്ടും ഗുരുവിന്റെ അടുത്ത് എന്താ പ്രശ്നം ഗുരു പറഞ്ഞൊരു കാര്യം ചെയ് വീണ്ടും മുപ്പത്തിരണ്ട് വർഷം ബ്രഹ്മചര്യം സുഷുത പുരുഷനെ ഉപദേശിക്കുന്നതിന് എന്നും പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷം മൂന്ന് തവണ പറഞ്ഞു ആദ്യത്തെ ഉപദേശം കഴിഞ്ഞ് ഛായാപുരുഷനെ ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷം സ്വപ്നപുരുഷനെ ഉപദേശിച്ചു കഴിഞ്ഞ് തിരിച്ച് പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷം സുഷുത പുരുഷനെ അത് കേട്ട് തിരിച്ച് വന്നപ്പോഴും പറയും മുപ്പത്തിരണ്ട് വീണ്ടും പറ മൂന്ന് തവണ എന്നുവെച്ചാൽ തൊണ്ണൂറ്റിയാറ് വർഷത്തെ ബ്രഹ്മ ഉപദേശ തൊണ്ണൂറ്റിയാറ് വർഷം അത് കഴിഞ്ഞിട്ട് വരിക വീണ്ടും ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരിക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആദ്യം ഉപദേശിച്ച അതേ ബ്രഹ്മത്തെ എന്താണ് ഏതാ ഭയമൃതം വരും അതുതന്നെ ഉപദേശിക്കാറുള്ളൂ ഉപദേശത്തിന് മാറ്റമൊന്നുമില്ല പക്ഷേ അതിന് സമ്പ്രസാദനായി എന്താണ് ഈ ജാഗ്രത സ്വപ്ന സുശൃത്തികളിലെല്ലാം മാറി മാറി സഞ്ചരിക്കുന്നവനാണെങ്കിലും ജാഗ്രത സ്വപ്ന സുശൃക്തികൾക്കെല്ലാം ആധാരമായിരിക്കുന്നവൻ അതാണെൻ്റെ സ്വരൂപം തുര്യൻ എന്ന് വിശദമായി പിന്നീട് ഉപദേശിക്കുന്നു അപ്പോൾ ജാഗ്രത സ്വപ്ന സുശുതികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും ഭിന്നനായി അവസ്ഥാത്രീയ സാക്ഷിയായിരിക്കുന്നു അവനെ ഉപദേശിച്ചു പക്ഷെ അങ്ങനെ ഉപദേശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു ഇനി ഒരു അഞ്ചു വർഷം കൂടി ഇനി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക മൊത്തം നൂറ്റി ഒന്ന് വർഷം അങ്ങനെ നൂറ്റി വർഷത്തെ ബ്രഹ്മചര്യം കൊണ്ട് അതുവരെയുള്ള നിരന്തരമായ ഉപദേശം കൊണ്ടുമാണ് ഇന്ദ്രന് ആത്മബോധം ഉണ്ടായത് അപടി അതാണിവിടെ ഭാഷകാരൻ പറഞ്ഞത് ൂറ്റിയൊന്ന് വർഷം പ്രജാപതിയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മജേന മനുഷ്ഠിക്കുമ്പോൾ അവിടെയെല്ലാം ഉപദേശമുണ്ട് പ്രജാപതിക്ക് ഉപദേശിക്കാൻ വേറെ കൂടുതലായിട്ടൊന്നുമില്ല ആദ്യ ഉപദേശതയുള്ളൂ ഏതു ഭീമ അമൃതം ഏതു ബ്രഹ്മം ഇത്രയേ ഉള്ളൂ പക്ഷേ ആദ്യം ശ്രവിച്ച കൃതാർത്ഥനായ അസുര രാജാവിനെ പോലെയല്ല ഇന്ദ്ര ഇന്ദ്രൻ ആ ബ്രഹ്മചര്യം ബ്രഹ്മചര്യുമാകുന്ന തപസ്സുകൊണ്ട് നേരത്തെ ഭക്ഷിക്കാരം പറഞ്ഞല്ലോ ക്ഷീണദോഷ ക്ഷീണദോഷമുള്ളവനായി ഇന്ദ്ര ഇന്ദ്രന്റെ ബുദ്ധി തെളിഞ്ഞു നൂറ്റിയൊന്ന് വർഷത്തെ ബ്രഹ്മചര്യം കൊണ്ട് വീണ്ടും ആദ്യം ഉപദേശിച്ചത് തന്നെയാണ് ഉപദേശിച്ചത് മാറ്റിയെന്നും ഉപദേശിച്ചില്ല ഏത് അഭയവും അമൃതം വേറെ ഒന്നും പക്ഷെ അവിടെ ഇന്ധന അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടായി ഈ ആഖ്യാനത്തെ ചാന്ത്വക്യത്തിൽ വരുന്ന ആഖ്യാനത്തെ ഭാഷകാരൻ കൂടെ പറയുകയാണ് നമ്മൾ പറയും ഇത് ശ്രവണം മതി പറഞ്ഞിട്ടുള്ളതാണ് ശ്രമം നിൽക്കുക കവിഞ്ഞൊന്നും ആവശ്യമില്ല ശ്രവണത്തിൽ തന്നെ മനനമുണ്ട് ശ്രവണത്തിൽ തന്നെ ധ്യാനമുണ്ട് ഇത് അനായാസമാണ് ഇതിന് തപസ്സിന്റെ ആവശ്യമില്ല മറ്റൊരു സാധനയുടെ ആവശ്യമില്ല എന്നെല്ലാം പറയുന്നു അത് ശരിയാണ് പക്ഷേ അതാരെ സംബന്ധിച്ച് ക്ഷീണദോഷനായി സുമേധനായവനെ സംബന്ധിച്ചിടത്തോളം സുമേധാവനെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ് അതല്ലെങ്കിലോ അല്ലെങ്കിൽ രണ്ടു തരത്തിൽ സംഭവിക്കും ഒന്നുകിൽ അത്യന്തം മൂഢനായി അത്യന്തം മൂഢനാണെങ്കിൽ അവനും കൃതാർത്ഥനാവും തൻ്റെ മൂഢതയിൽ അവൻ കൃതാർത്ഥനാവും അവൻ പറയും എനിക്കും കൂടുതലൊന്നും ഗുരുവിന് പറയാനുള്ളൂ ആദ്യവും അവസാനവും പറയാനുള്ളതാണ് ഗുരുദ്ദേശിച്ചു കൊടുത്തത് ഇത് മതി അവൻ അതിൽ കൃതാർത്ഥനാകും മറിച്ച് ഇന്ദ്രനെപ്പോലെയാണെങ്കിലും വീണ്ടും അവൻ അസ്വസ്ഥനാവുകയാണ് ഗുരുവിൻ്റെ ഉപദേശത്തിലുള്ള പോരായ്മ കൊണ്ടല്ല തൻ്റെ യോഗ്യതയിൽ വന്ന പോരായ്മ അവൻ അസ്വസ്ഥനാവും അങ്ങനെ അസ്വസ്ഥനായി കഴിഞ്ഞാൽ അതിലെന്തോക്കെ അപൂർണതകളുണ്ട് എന്തോക്കെ പോരായ്മകളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പോരായ്മയാണെന്ന് അവൻ തിരിച്ചറിയാം എന്താണ് ദോഷം നമ്മളിരിക്കുന്ന പാപം സ്വഭാവദോഷം ഭാഷകാരൻ പലയിടത്തും പറയും സ്വഭാവദോഷത്തെ ഇത് ധർമ്മക്ഷയത്തെ അപേക്ഷിക്കുന്നുണ്ട് ഭാഷകാരൻ പലയിടത്തും പറയും ധർമാധർമ്മങ്ങളുടെ ക്ഷയത്തെ നാശത്തെ ഇത് അപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ സകൃത്വാര ശ്രവണം അത് മതി ഫലത്തിന് ആത്യന്തികമായിട്ട് അത് മതി ആദ്യത്തെ ഉപദേശം മാത്രം മതി അതി കൂടുതലൊന്നും ഉപദേശിക്കാനുണ്ടോ പക്ഷേ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് തനുവിന് യോഗ്യനല്ലെങ്കിൽ അവിടെ തപസ്സിൻ്റെ ആവശ്യം വരും ബ്രഹ്മചര്യത്തിൻ്റെ ആവശ്യം വരും തപസ്സിൽ വച്ച് ഏറ്റവും വലിയ തപസ് ബ്രഹ്മചര്യമാണ് അതിനു വലിയൊരു തപസ്സില്ല എന്തുകൊണ്ട് ആ ബ്രഹ്മചര്യം കൊണ്ട് ബ്രഹ്മചര്യമാകുന്ന തപസ്സുകൊണ്ട് മാത്രമേ മനസ്സിനെ ജയിക്കാൻ പറ്റൂ മറ്റൊന്നുകൊണ്ടും അത് സാധ്യമല്ല എന്തുകൊണ്ട് ബ്രഹ്മചര്യം കൊണ്ട് മാത്രമേ കാമത്ത് ജയിക്കാൻ സാധ്യ കാമന ബ്രഹ്മചര്യ കൊണ്ട് മാത്രമേ സാധ്യമാകൂ കാമനകളെ ജയിക്കുന്ന അതുകൊണ്ട് കാമത്തെ ജയിക്കുന്ന തരത്തിലുള്ള ആ ബ്രഹ്മചര്യമാകുന്ന തപസ് അത് നൂറ്റിയൊന്ന് വർഷമാണ് എന്ന് തന്നോട് ആവശ്യപ്പെട്ടു ആ തപസ് തപസ്സന്മ തപസ് കന്മഷത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് അത് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോ തന്നെ എന്താണ് ആൾക്കാർ സൗകര്യം പോലെ വ്യാഖ്യാനിച്ചത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് ബ്രഹ്മചര്യെന്ന് പറയും എളുപ്പമാണ് പ്രത്യേകിച്ചൊന്നും അനുഷ്ഠിക്കാനില്ല പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാര് വേദാന്തം പഠിപ്പിക്കുമ്പോൾ അവരങ്ങനെ പറയത്തുള്ളൂ കാരണം ഗൃഹസ്ഥനെ തന്നെ ന്യായീകരിക്കണം അങ്ങനെ ബ്രഹ്മചര്യമില്ല ബ്രഹ്മചര് ബ്രഹ്മചര്യ രൂപത്തിലുള്ള തപസ് ഗൃഹസ്ഥനെ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല എന്നാ വേദാന്തം പഠിപ്പിക്കുകയും വേണം ആൾക്കാർ അതുകൊണ്ടവരെയും ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ ചരിക്കുക വ്യാഖ്യാനം തെറ്റല്ല ബ്രഹ്മത്തിൽ ചരിക്കാമെന്ന് പറയുന്ന സിദ്ധിയാണ് ഇത് ശ്രവിക്കാൻ വരുന്നവനെ കുറിച്ച് അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് ശ്രവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാധനയാണ് ആവശ്യം ഇപ്പൊ സാധനാരൂപത്തിലുള്ള ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ എന്താണോ അത് കാമത്തെ ജയിക്കുന്നതിനുള്ള ബ്രഹ്മചര്യമാണ് കാമത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യമാണ് ബ്രഹ്മചര്യ പുറത്തും തന്നെയാണ് അത്തരത്തിലുള്ള മൈഥുന ത്യാഗരൂപത്തിലുള്ള ബ്രഹ്മജരി അതൊരിക്കലും ഗ്രഹത്തിൽ തന്നെ പറയാൻ പറ്റത്തില്ല കാരണം അവനത് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇത് വേദാന്തം വായിച്ച് പഠിക്കുക അത് പ്രസംഗിക്കുക പറ്റും അത് എളുപ്പമുള്ള കാര്യമാണ് ബ്രഹ്മജ്ഞാനിയാണെന്ന് ഭാവിക്കാനും പറ്റും അവന് സാധനയുടേയൊന്നും ആവശ്യമില്ല പക്ഷേ മൈഥുനത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് ഗ്രഹസന് സാധ്യമല്ല അതുകൊണ്ട് അത് ഉപദേശിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇതിന്റെ മുഖ്യമായ ഭാഗം ആത്മവിദ്യയെ സംബന്ധിച്ചുള്ള പരമപ്രധാനമായ ഭാഗം ഈ ബ്രഹ്മചര്യം അത് കാമരൂപത്തിലുള്ള അതിനെ കണ്മശത്തം നശിപ്പിക്കുന്ന ബ്രഹ്മചര്യം അതനുഷ്ഠിക്കാതെ അത് എന്തുകൊണ്ട് മനസ്സടങ്ങത്തില്ല മനസ്സ് കാമത്തിലും കാമ്യ വിഷയങ്ങളിലും കാമനകളിലും മുഴുകിയിരിക്കുമ്പോ എങ്ങനെ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം അതിന് വരും അതിന് വരത്തില്ല ഒരിക്കലും അതിന് വരത്തില്ല അതിൽ വരാതെ ഇതിനെക്കുറിച്ച് വെറും വാചാ പ്രസംഗം നടത്തിയിട്ടെന്താ കാര്യം ഒരു പ്രയോജനമില്ല മനസ്സടങ്ങാത്തവൻ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് മനസ്സ് ഏകാഗ്രമാകാത്തവനെങ്ങനെ ഇത് സാധ്യമാകും അത്യന്ത സൂക്ഷ്മമായ ഈ ആത്മതത്വം പ്രകാശിക്കുന്നതിന് തടസ്സം കാമം തന്നെയാണ് അതാണ് മനസ്സിന് ദൗർമുഖമാക്കിയിരിക്കുന്നത് കാമമാണ് അപ്പോൾ കാമം കൊണ്ട് മനസ്സ് ദൗർമുഖമായിരിക്കുന്നു ആ കാമത്തെ നശിപ്പിക്കാതെ അത് മനസ്സെങ്ങനെ അന്തർമുഖമാകും അന്തർമുഖമാകാതെ എങ്ങനെ ഈ തത്വത്തെ ഗ്രഹിക്കും അപ്പോൾ കാമത്തിൽ മുഴി കഴിയുന്ന ഒരു ഗ്രഹസ്ഥന് വേദാന്തം പ്രസംഗിക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ഈ ആത്മാനുഭവം കാമത്തെ ജയിക്കാതെ അത് വ്രതത്തിലൂടെ സാധ്യമാകും ബ്രഹ്മചര്യ വ്രതത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അതിലൂടെ എന്ത് ചെയ്യുന്നു അവൻ കാമത്തെ ജയിക്കുന്നു കാമനകളിൽ മുഴുകുന്നതോടും മുഴുകുന്നതിനനുസരിച്ച് മനസ്സ് കൂടുതൽ കൂടുതൽ സ്ഥൂലമായി ബഹു ബഹിർമുഖമായി അസ്വസ്ഥമായി കൊണ്ടിരിക്കും മനസ്സിൽ നിന്ന് ബ്രഹ്മചുരി വൃതത്തിലൂടെ ആ കാമനകളെ ത്യജിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സകന്നു കാമത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് വളരെ ൂലമായും ബഹുർമുഖമായും കാമ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ഔത്സീഖ്യത്തോടു കൂടി ഏടി അപ്പോൾ മനസ്സ് വളർന്നു വളർന്നു വരും ബഹുർമുഖമായിക്കൊണ്ട് തന്നെ അതാണ് ഗൃഹസ്ഥൻ്റെ മനസ്സ് ആ സമയം ബ്രഹ്മചരി വൃതം അനുഷ്ഠിക്കുന്നവൻ്റെ മനസ്സെങ്ങനെയല്ല അവനെന്ത് ചെയ്യുന്നു കാമത്തെ ദൂരത്തേക്കുന്നു അപ്പം മനസ്സ് നിന്ന് കാമത്തെ അകറ്റും കാമത്തിൽ നിന്ന് മനസ്സകലും അപ്പോൾ മനസ്സ് കാമത്തിനു വേണ്ടി ഉയർന്ന് ആ മനസ്സ് ശാന്തമാകും അപ്പോൾ അതിന് ഈ ആത്മതത്വത്തെ ജയിക്കുന്നതിനുള്ള ക്ഷമതയുണ്ടാകും അപ്പോൾ അത് ബ്രഹ്മചര്യ വ്രതം കൊണ്ട് സാധ്യമാകുമോ അത് മനസ്സിനെ ഒരുക്കുന്നതിന് സാധ്യമാകും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നൂറ്റി ഒന്ന് വർഷം ബ്രഹ്മജീകൂടെ അനുഷ്ഠിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നാണ് ജീവിതകാലം മുഴുവൻ ഒരു ജീവിതം മുഴുവൻ കൊണ്ടത് സാധ്യമാകും അങ്ങനെയാണ് മനസ്സ് കാമത്തിന് വേണ്ടി ശ്രമിക്കുന്നു അതിനത് ലഭിക്കുന്നില്ല ലഭിക്കാതെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു അത് സ്വയം അടങ്ങുന്നു അതിന് പകരം ആത്മതത്വശ്രവണത്തിലൂടെ അത് സുഖവും സന്തോഷവും ശാന്തിയും കണ്ടെത്തുന്നു മനസ്സ് കാമി വിഷയങ്ങളിൽ നിന്നും പിന്തിരിയുന്നതാണ് മനസ്സിൻ്റെ വിരക്തി അതിൽ മനസ്സുദാസീനമാകുന്നു അതൊരഭ്യാസ് വിഷയങ്ങളിൽ നിന്നും അകന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിന് അന്തർമുഖമാക്കാൻ ശീലിപ്പിക്കുന്നു അത് ബ്രഹ്മചര്യ വ്രതം കൂടാതെ സാധ്യമല്ല അങ്ങനെ ആർക്കും ആത്മബോധം ഉണ്ടായിട്ടില്ല എന്നാൽ ഉണ്ടാകത്തു അതുകൂടാതെ ആത്മബോധത്തെ നമുക്ക് പ്രസംഗിക്കാനോ എഴുതാനോ വായിക്കാനോ ഒക്കെ പറ്റും പക്ഷെ ആത്മാനുഭവം സാധ്യമല്ല മനസ്സ് കാമത്തിനും ഒഴുകിയവനും സാധ്യമേ അല്ല എന്നർ പെട്ടെന്ന് അങ്ങനെയും ചില ഉദാഹരണങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും കാമത്തെ ജയിച്ചവനായിരിക്കും കാമജയം അവർ സംഭവിച്ചിരിക്കണം കാമജയം സംഭവിച്ച് അവർ ജന്മന ആത്മബോധത്തോടു കൂടി വന്നവരായി ജ്ഞാനികളായി കൂട്ടത്തിൽപ്പെടുത്തണ്ടോ അജനകനോ മറ്റാരെങ്കിലും ആരോ ആയിക്കോളട്ടെ ഇവിടെ പറയുന്നത് സാധകന്മാരുടെ കാര്യമാണ് സിദ്ധന്മാരെ കിട്ടുക ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാധനാ മാർഗത്തിൽ ആത്മബോധത്തിന് കാമത്യാഗത്തോടു കൂടിയേ സാധ്യമാകും ബ്രഹ്മചര്യ വെളുതാനുഷ്ഠാനത്തോടു കൂടിയേ സാധ്യമാകും അയാൾ കാമത്തെ ജയിച്ചിരിക്കും അതാണ് അത് കാമ അതുപോലെ വരുന്ന ദോഷങ്ങളല്ല മറ്റു ദോഷങ്ങളും വരുന്നു അന്തക്കണ്ണ ദോഷങ്ങൾ അഹങ്കാരം ക്രോധം തുടങ്ങിയ മറ്റു ദോഷങ്ങൾ അതിനുള്ള ശാസ്ത്രീയമായ വിധി ശാസ്ത്രീയമായ ഉപായം അതാണ് ബ്രഹ്മചര്യാനുഷ്ഠ അതിന് ആണ് ഇവിടെ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടത് സമാധാനമാണ് നമ്മൾ ആത്മതത്വം ശ്രവിക്കുന്നു എന്തിനെ പോലെ ആശ്രമങ്ങളുടെ സമാധാനം ഉണ്ടാകും ആത്മബോധത്തെക്കുറിച്ച് ശാന്തി ഉണ്ടാകും ആത്മബോധത്തിൽ ശാന്തി ഉണ്ടാകും പക്ഷെ വീണ്ടും അസ്വസ്ഥമാകുന്നു അപ്പോൾ അവിടെ എന്താണ് അവിടെ ദോഷങ്ങളുണ്ട് ീണദോഷനാകുന്നു അതെന്തുമാകാം കാമോ അല്ലെങ്കിൽ കാമത്തെ തുടർന്ന് വരുന്ന ക്രോധാദി ദോഷങ്ങളോ എന്തുമാകാം ഈ ദോഷങ്ങളാണ് അവിടെ തടസ്സമാനിക്കുന്നത് അപ്പോൾ ശ്രവണം ചെയ്യുന്നു വീണ്ടും ശ്രവണം ആവർത്തിക്കുന്നു പക്ഷെ ഇത് മറ പ്രകാശിക്കുന്നു അവരവശനുഭവമായി മാറുന്നില്ല അങ്ങനെ മാറുന്നില്ല ും തടസ്സമായിരിക്കുന്ന ദോഷങ്ങളാണ് ആ ദോഷം മാറുന്നതിന് എന്താണ് തപസ് തപസ് കൂടിയേ തീരോ ശ്രവണത്തോടൊപ്പം തപസ്സും വേണം ശ്രവണത്തിൽ പൂർണ്ണത നേടാനായില്ലെങ്കിൽ എന്താണ് ആ തപസ് മുഖ്യമായ തപസ് ബ്രഹ്മചര്യൻ തന്നെ കാമജയം തന്നെ ആ ബ്രഹ്മചര്യത്തിന് സഹായകമായി വരുന്ന മറ്റ് തപസ്സുകളിലാണ് വരുന്നത് മറ്റ് ജപവും മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ഉപാസനകളും ഇതെല്ലാം ഈ ബ്രഹ്മചര്യത്തിൻ്റെ സഹായത്തിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ് തത്വം ശ്രവിക്കുന്നു ഒരാൾ ചോദിക്കുന്നു ഞാൻ വേദാന്തം ശ്രവിക്കുന്നുണ്ട് ആത്മാവാണെന്ന് ബോധിക്കുന്നുണ്ട് അവിടെ ശ്രവണത്തിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല ഇനി എനിക്ക് ലളിത സഹസ്രനാമം ജപിക്കേണ്ട ആവശ്യമുണ്ടോ ഗുരു ഉപദേശിച്ചും മന്ത്രം ജപിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം ഞാൻ പരമമായ സത്യത്തെയാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ആ പരമമായ തത്വശ്രവണത്തിൽ നിങ്ങൾ കൃതാർത്ഥനായെങ്കിൽ അജ്ഞാന സംശയ വിപരിയ ശൂന്യനായെങ്കിൽ തീർച്ചയായും ഒന്നിന്റെ ആവശ്യം അവിടെ ഗുരുമന്ത്രത്തിന്റെ ആവശ്യമില്ല ലളിതാ സഹസ്രനാമത്തിന്റെ ആവശ്യമില്ല പക്ഷേ അവർ നിരയിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല അവൻ മറ്റൊരാടത്ത് ചോദിക്കേണ്ടി വരുന്നില്ല ഇതൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ സ്വയം കൃതകൃത്യനായവന് കൃതാർത്ഥനായവനും ചോദ്യത്തിന്റെ ആവശ്യമില്ല മറ്റൊരിടത്ത് നിന്ന് സമാധാനത്തിന്റെ ആവശ്യമില്ല അത് സാധകനല്ല പൂർണനായി പിന്നെ ഒരു സാധനയുടെ ആവശ്യമുണ്ട് അവിടെ ഗുരുവില്ല ശിഷ്യനല്ല മറിച്ച് നമ്മൾ ശ്രവണം ചെയ്യുന്നു ഇന്ദ്രനെ സംബന്ധം പറ്റിയതുപോലെ തന്നെ ബോധിക്കുന്നു വീണ്ടും അസ്വസ്ഥന അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് എന്താണോ അപ്പോൾ ദോഷങ്ങൾ ക്ഷയിച്ചിട്ടില്ല ദോഷങ്ങൾ ക്ഷയിക്കണം ഇനിയും അത് ശ്രവണം കൊണ്ട് ക്ഷയിക്കില്ലേ ക്ഷയിക്കും തീർച്ചയായും ശ്രവണം കൊണ്ടും ദോഷങ്ങൾ ക്ഷയിക്കുന്നു പക്ഷെ അത് പര്യാപ്തമല്ല ശ്രവണം ആവർത്തിച്ചിട്ടും വീണ്ടും തടസ്സം നയിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇതോടൊപ്പം മറ്റെല്ലാം വേണ്ടിവരും മന്ത്രം ജപിക്കേണ്ടി വരും തപസ്സുകൾ അനുഷ്ഠിക്കേണ്ടി വരും വീണ്ടും കർമ്മയോഗം ഭക്തി എന്തെല്ലാം എന്തുവാങ്ങാം യന്ത്രമോ തന്ത്രമോ മന്ത്രമോ എന്താണോ ഒരാളുടെ വാസനയ്ക്കും അഭിരുചിക്ക് ഇണങ്ങുന്നത് അതെന്തു അനുഷ്ഠിക്കാം എല്ലാത്തിൻ്റെയും ലക്ഷ്യമൊന്നേ ഉള്ളു എന്താണോ തന്റെ പാപങ്ങളെ ഹനിക്കുക തന്റെ പാപഹനനത്തിന് വേണ്ടി ഏത് സാധനങ്ങളും ഒരാൾക്ക് അനുഷ്ഠിക്കാം എന്ന് അത് അനുഷ്ഠിക്കേണ്ടതുമാണ് ഒന്നിനെയും വിടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വേദാന്തം ശ്രമിക്കുന്നു അതുകൊണ്ട് ഇനി മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതേണ്ട കാര്യമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രനെപ്പോലെ പരമയോഗ്യനായ ഒരുവൻ പ്രജാപതിയെപ്പോലെ ആദിഗുരുവിൽ നിന്ന് ലോകഗുരുവിൽ നിന്നും അദ്വൈതം ശ്രമിച്ചിട്ടും വീണ്ടും ഇന്ദ്രന് തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു ബ്രഹ്മചര്യം പോലെയുള്ള തപസ്സുകൾ അനുഷ്ഠിക്കേണ്ടി വന്നു സാധനങ്ങൾ വീണ്ടും മന്ത്രം ജപിക്കേണ്ടി അപ്പം ഇതൊരു വലിയ പാഠമാണ് ഈ പറയുന്ന കൃതാർത്ഥത മുഴുവന് സ്വയം സിദ്ധമാകുന്നതാണ് അതാകാത്തിടത്തോളം കാലം ശ്രവണത്തോടൊപ്പം അയാൾ മറ്റ് സാധനങ്ങളും അനുഷ്ഠിക്കണം അനുഷ്ഠിക്കണമെന്ന് മാത്രമല്ല അതയാൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനുമാണ് ശ്രവണത്തിന്റെ പേരിൽ അയാൾ മറ്റൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല ആ ശ്രവണം കൊണ്ട് തന്നെ കൽമശഹനനം സംഭവിച്ചുകൂടെ എന്ന് വീണ്ടും ചോദിക്കാം അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചോദ്യത്തിന് പ്രസക്തി അതിന് ചോദിക്കരുത് ആരാരോട് ചോദിക്കുന്നു അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ മറ്റെല്ലാത്തിനും പ്രസക്തിയുണ്ട് നമ്മൾ വേദാന്തം ശ്രവിക്കുന്നു അതുകൊണ്ട് തന്നാനിയായി അങ്ങനെയൊക്കെ ഭാവിച്ചിട്ടുണ്ടോ കാര്യം നമ്മളില്ലാത്ത ഒന്ന് മറ്റാരെയെങ്കിലും കൊണ്ടെന്ന് ബോധിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനോ ഒന്നും നേടാനില്ല ജീവിതം നശിക്കുക നരകത്തിലേക്ക് പോകും മറ്റൊന്നും സംഭവിക്കത്തില്ല ദുരാചാരിയായി മാറും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് സ്വാനുഭവത്തിലേക്ക് വരുക അതിനെ സ്വയം മനസ്സിലാക്കുക അംഗീകരിക്കുക ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടും താനെന്ത് നേടി താനിവിടെ നീക്കുന്നു തന്റെ സ്വന്തം നില എന്താണ് ഇത് ദുഷ്ടഫലം എന്നാണ് പറയുന്നത് ആത്മശ്രവണത്തിന്റെ ഫലം ദുഷ്ടമാണ് മറ്റാരെങ്കിലും പറഞ്ഞറിയേണ്ട കാര്യമില്ല നിജസ്വാനുഭവമാണ് ഇന്ദ്രന് എന്താണ് സംഭവിച്ചത് ഛായാപുരുഷനെക്കുറിച്ച് ഉപദേശിച്ച് സ്വപ്ന പുരുഷനെക്കുറിച്ച് ഉപദേശിച്ച് സുപ്ത പുരുഷനെക്കുറിച്ച് ഉപദേശിച്ച് ഇന്ദ്രനെന്തുകൊണ്ട് കൃതാർത്ഥനായില്ല ദുഷ്ടഫലമുണ്ടായി ഇതെല്ലാം കിട്ടിട്ട് എനിക്കെന്ത് ഗുണം ഉണ്ടായി എന്നുള്ളതാണ് ഇന്ദ്രൻ ചിന്തിച്ചത് അങ്ങനെ ഒരു ആത്മാവിനെ വർണ്ണിച്ച് കേട്ട് എനിക്കതിന്റെ ഫലമുണ്ടായോ എന്ത് ഫലമുണ്ടായി ഞാൻ കൃതാർത്ഥനായോ എനിക്ക് നിർവൃതി അനുഭവിക്കാൻ കഴിഞ്ഞു അങ്ങനെ ദുഷ്ടഫലമില്ലെങ്കിൽ അതിൽ പോരായ്മയുണ്ട് ഇത് അവസാനിക്കാറായില്ല എന്നാ ദുഷ്ടഫലത്തിന് ഇത് അവസാനിക്കുന്നു ആ ദുഷ്ടഫലം എന്താണ് തൻ്റെ തന്നെ മുക്തിയാണ് തൻ്റെ തന്നെ സ്വാതന്ത്ര്യമാണ് ജീവൻ മുക്തിയാണ് ദുഷ്ടഫലം ആ ദുഷ്ടഫലം തനിക്ക് ഇന്ധന അനുഭവിക്കാൻ കഴിഞ്ഞില്ല പരവുമായ ഉപദേശം കിട്ടിട്ടും പരവുമായ ഗുരുവിൽ നിന്നും അത് കിട്ടിയിട്ടും ദുഷ്ടഫലമൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്തു ചെയ്യുന്നു തപസ് അത് ശ്രവണത്തെ വിട്ടിട്ടാണോ അല്ല അത് വീണ്ടും ശ്രവിച്ചുകൊണ്ടേരും അതുകൊണ്ടാണ് വീണ്ടും പ്രജാപതിയുടെ സന്നിധിയിൽ തന്നെ കഴിഞ്ഞത് വീണ്ടും പ്രജാ ഒരു തവണയല്ല നാല് തവണ അതൊരു പ്രതീകമായി എടുത്താൽ മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരം തവണ ഇത് അവിടുത്തെക്കേണ്ടി വരും ദുഷ്ടഫലം ഉണ്ടാകുന്നത് വരെ അതാണ് ഇന്ദ്രൻ അനുഷ്ഠിച്ചത് അതുകൊണ്ട് ആ ശരിയായ സന്ദർഭത്തിൽ ഭാഷ്യകാരനാ ദൃഷ്ടാന്തത്തെ എടുത്തു പറയുകയാണ് ഇവിടെ എന്താണ് പരവമായ തത്വത്തെയാണ് വെളിപ്പെടുത്തിയത് ഇതിനാകം ഇതിനപ്പുറം ഇനിയൊന്നും വെളിപ്പെടുത്താനില്ല പക്ഷേ ശിഷ്യനെന്ത് ചെയ്തു ദുഷ്ടഫലമുണ്ടായി ഇനി ചിലർക്ക് ദുഷ്ടഫലം ഉണ്ടാകാം എന്താണ് ഭ്രാന്തമായ അനുഭവങ്ങൾ പലരും അങ്ങനെ പറയുമല്ലോ ഗുരുവിൻ്റെ സമീപത്തേല്ലെന്നും അല്ലെങ്കിൽ ഉപദേശം കേൾക്കുന്നു ഗുരുവിനെ കാണുന്നു ഗുരുവിനെ അനുകരിക്കുന്നു അങ്ങനെയും ചെയ്യും പിന്നെ അയാളൊരു ഭ്രാന്തമായ ലോകത്തിലേക്ക് പോകും താനും ഒരു ഗുരുവാണ് അങ്ങനെ ഗുരുവിൻ്റെ ചേഷ്ടകൾ അനു അനുകരിച്ച് താനും ഗുരുവാണെന്ന് ഭ്രമിക്കും അതാണ് ഇവിടെ പറഞ്ഞെന്താണ് ഗുരു പറയുന്നു ഗുരുവിന് പറയാൻ എന്താണ് സുഷ്ടുവേദ സംശയരഹിതമായി ഭ്രാന്തിരഹിതമായി ഞാനിതിനെ ബോധിക്കുന്നു എന്ന് ഗുരുവിന് പറയാം പക്ഷെ ഇവിടെ അയാളും പറഞ്ഞു സുഷ്ടുവേദ അത് അനുകരിച്ചതാണ് ഗുരുവിനെ അനുകരിച്ചതാണ് ഗുരു പറഞ്ഞതുപോലെ താനും പറഞ്ഞു അല്ലെങ്കിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ താനും പറഞ്ഞു അത് ഭ്രാന്തിയാണ് അതാണ് നേരത്തെ പറയുന്നതാണ് ശിഷ്യന്റെ ബുദ്ധിയെ വിചരിപ്പിക്കുന്നതിന് വേണ്ടി ആ ഭ്രാന്തിയിൽ നിന്ന് അയാളെ മോചിപ്പിക്കണം അതിനുവേണ്ടി വീണ്ടും അതിനെ ബോധിപ്പിക്കുകയാണ് അത് കേവലം ബോധനം കൊണ്ട് മാത്രം സാധ്യമല്ല ഗുരുവിന്റെ ബോധനം കൊണ്ട് മാത്രം സാധ്യമല്ല ശിഷ്യന്റെ ശ്രവണം കൊണ്ട് മാത്രം സാധ്യമല്ല ഇവിടെ മൂന്നാമതൊരു കാര്യത്തെ കൂടെ കൊണ്ടുവരികയാണ് തപസ് എന്തെങ്കിലും തപസ് പോലും തലവുത്തി നിന്നിട്ട് കാര്യമുണ്ട് ബ്രഹ്മചര്യം തന്നെ വേണം അതിന് പകരം മറ്റൊന്നും അല്ല വേറെ തപസ്സുകൾക്ക് സാധിക്കില്ല അതുകൂടാതെ ആരും ഇത് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞത് കാമത്തെ ജയിക്കാതെ ഇത് സാധിച്ചിട്ടില്ല കാമത്തെ ജയിക്കാൻ കർശനമായ ബ്രഹ്മചര്യം അതിന് വേറെ ദുർവ്യാഖ്യാനമൊന്നും പാടട്ടെ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വേദം പഠിക്കുന്നതിന് ബ്രഹ്മചര്യം എന്ന് പറയും ആത്മനിഷ്ഠയ്ക്ക് ബ്രഹ്മചര്യം എന്ന് പറയും അതൊന്നും പോരാ വ്യക്തമായി മൈഥുന ത്യാഗരൂപത്തിലുള്ള ബ്രഹ്മചര്യം ആ ബ്രഹ്മചര്യം തന്നെ അനുഷ്ഠിക്കില്ല ആ ബ്രഹ്മചര്യത്തിലൂടെ പാപത്തെ ഹനിക്കണം കാമത്തെ ജനിക്കണം കാമത്തെ ജയിക്കണം അങ്ങനെ ജയിച്ച് ഇന്ദ്രൻ ബോധ്യമായി പിന്നീട് കൂടുതലൊന്നും ഉപദേശിക്കേണ്ടി വന്നില്ല ഉപദേശത്തിന് മാറ്റമേ സംഭവിക്കൂ ഏതത് അഭയം അമൃതം ഏതത് ബ്രഹ്മം ഇത് തന്നെയാണ് അവസാനം വരെ ഉപദേശിച്ചത് ഭാഷകാരനോട് എടുത്തു പറയും അപ്പം ആ ഒരു സുപ്രധാനമായൊരു ഭാഗം ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത സദാ അനുഷ്ഠിക്കേണ്ടതായ ഒരു ഭാഗം അത് വിശേഷിച്ചും ഇതിനെ ജീവിതത്തിന് മുഖ്യ ഉപായമായി സ്വീകരിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായി സ്വീകരിക്കുമ്പോൾ ആ ബ്രഹ്മചര്യ തപസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷകാരൻ അതിന് ആ ദൃഷ്ടാന്തത്തിലൂടെ എടുത്തു പറയുകാരൻ പറയുന്നത് ദൃഷ്ടൻ പുരുഷോ ദൃശ്യത്തെ അക്ഷിപുരുഷൻ പുരുഷൻ യേശ ആത്മീയ ഹോ വാച്ച അതാണ് ആത്മാവ് എന്നുപദേശിച്ചു അമൃതമഭയം ഏതത് ബ്രഹ്മുക്തേ പ്രാജാപത്യ പണ്ഡിതോ പി അസുരരാഡ് വിരോചന പ്രജാപതിയുടെ സന്താനങ്ങളാണ് രണ്ടുപേരും പണ്ഡിതന്മാരാണ് വിദ്വാന്മാരാണ് ആര് അസുരരാജാവായ വിരോചനും ദേവരാജാവായ ഇന്ദ്രനും സ്വഭാവദോഷവശാൽ പക്ഷേ സ്വഭാവദോഷം അതൊരു വലിയ സ്വഭാവദോഷം ഉച്ച തനിയെ കിടന്നുകൂടിയിരിക്കുന്ന ദോഷം ഉണ്ടാക്കിയെടുക്കുന്ന ജനനാൽ തന്നെ വന്നതാണ് പൂർവജന്മാർജിതമായിരിക്കുന്ന ആ ദോഷം അതൊരു മന്ത്രം കേട്ടെന്നോ അത് പത്ത് കൊണ്ട് ജപിച്ചെന്നോ എന്ന് പറഞ്ഞത് മാറത്തില്ല കർശനമായ വ്രതാനുഷ്ഠാനത്തിലൂടെ അത് മാറത്തുള്ളൂ കർശനമായ തപസ്സിലൂടെ മാറത്തുള്ളൂ ഇത് ശാസ്ത്രീയമായി അതിൻ്റെ പേരെന്തെങ്കിലും പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്ത് ശരീരത്തെ ക്ഷീണിപ്പിച്ചതുകൊണ്ടോ ബുദ്ധിയെ നശിപ്പിച്ചതുകൊണ്ടോ പ്രയോജനമില്ല ചർച്ച ചെയ്തതാണ് അത് ഇവിടെ സ്മരിക്കേണ്ടതാണ് സാത്വിക രാജസ താമസ രൂപത്തിലുള്ള തപസ് അതല്ല അതും സാത്വികമായിരുന്നു ആ തപസ്സുകൊണ്ട് ദോഷത്തെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജിജ്ഞാസയുണ്ടായിരുന്നു ബുദ്ധിയും ഉണ്ടായിരുന്നു പാണ്ഡിത്യം ഉണ്ടായിരുന്നു പക്ഷെ ദോഷം നശിച്ചില്ല അതുകൊണ്ടാണ് ഭാഷകാരനടുത്ത് പറയുന്നത് പണ്ഡിതോപി പണ്ഡിതനായിരുന്നിട്ടും സ്വഭാവ ദോഷവശാവം അപ്പോൾ നമ്മൾ ആരെങ്കിലും വേദാന്തമൊക്കെ ശരിക്കും പഠിച്ചു പലർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞാനം അത് മതി അതുകൊണ്ടെല്ലാമായി അപ്പം ശാസ്ത്രജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവിടെ പൂർണ്ണത നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല അയാൾക്ക് ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നല്ലോ ശാസ്ത്രം അയാൾ അഭ്യസിച്ചിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ട് അയാളും ദോഷം കാണുന്നു എന്ന് നമ്മൾ ആരോപിക്കരുത് കാരണം ഇവിടെ പറഞ്ഞല്ലോ പണ്ഡിതനായിരുന്നെങ്കിലും പാണ്ഡിത്യം കൊണ്ട് ആ സ്വഭാവദോഷത്തെ ജയിക്കാൻ പറ്റത്തില്ല പണ്ഡിതനായതുകൊണ്ട് ദോഷമൊന്നും കാണത്തില്ല എന്ന് അന്ധമായി വിശ്വസിക്കരുത് സ്വഭാവദോഷം അത് പാണ്ഡിത്യത്തിനപ്പുറമാണ് നിൽക്കുന്നത് അത് രണ്ടുപേരിലും ഉണ്ടായിരുന്നു ഏത് പണ്ഡിതനും അത് കാണും പണ്ഡിതനെന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി എന്നുള്ള അർത്ഥം വേറെ അടുത്ത് പറയും ഇവിടെ അർത്ഥത്തിലല്ല പറയുന്നു ശാസ്ത്രജ്ഞാനോ ശാസ്ത്രബോധമുള്ള പക്ഷേ സ്വഭാവദോഷം എവിടെയാണ് ആ സ്വഭാവദോഷം കൊണ്ട് അനുപപദ്മാനമപി വിപരീതം അർത്ഥം ശരീരം ആത്മീയ പ്രതിപന്ന അങ്ങനെ ഗ്രഹിക്കാൻ പാടില്ല അതിൽ യുക്തിയൊന്നുമില്ല കണ്ണില്ല പുരുഷനെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ കണ്ണിനൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ സർവദൃക് ദൃഷ്ടാവ് അതാണ് പ്രജാപതി ഉദ്ദേശിച്ചത് കണ്ണിന്റെ ആ പാടയിൽ കാണുന്ന പുരുഷനുണ്ട് നിഴലല്ല കണ്ണിന്റെ ഉള്ളിലിരിക്കുന്ന പുരുഷനാണ് പക്ഷേ അതുവരെ എത്തിയില്ല മനസ്സ് എന്തുകൊണ്ടെത്തിയില്ല പാണ്ഡിത്യം പാണ്ഡിത്തെ കൊണ്ടും മനസ്സ് ബഹർമുഖമാകാം മനസ്സന്തർമുഖമാകത്തില്ല കാമനെയുള്ള മനസ്സൊരിക്കലും അന്തർമുഖമാകത്തില്ല കാമങ്ങളിൽ ഉയർന്ന മനസ്സിനങ്ങനെ അന്തർമുഖമാകാൻ പറ്റും അന്തർമുഖമാകാത്തുകൊണ്ട് അത്രയും ഗ്രഹിക്കാൻ പറ്റിയില്ല അതാണ് പറയുന്ന അനുപദ്ധ്യമാനമൊക്കെ അങ്ങനെ ഗ്രഹിക്കേണ്ടതല്ല എന്നാലും ഗ്രഹിച്ചത് ഗുരു പറഞ്ഞതല്ലേ അങ്ങനെ നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് ഗുരു പറഞ്ഞതല്ലേ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ആ പറയുന്നത് ശരിയാണ് ഗുരു പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഗുരു പറഞ്ഞതിനെ സ്വീകരിച്ചത് നിന്റെ അന്ധതയാണെങ്കിൽ മൂഢതയാണെങ്കിൽ അതുകൊണ്ടെന്താ പ്രയോജനം ഇതുപോലെ പറ്റും പലപ്പോഴും ഗുരുവിൻ്റെ ഉപദേശത്തെ ഗ്രഹിക്കുന്നത് സ്വന്തം അന്ധതയായിരിക്കും പിന്നെ ചിന്തിക്കത്തല്ല കൃതാർത്ഥനാവും അതാണ് പരമാവധി എന്ന് പറയുന്നത് ഗുരു പറഞ്ഞത് പരമാർത്ഥം തന്നെ അതാണ് ഇവിടെയും എന്താണ് പ്രജാവധി ഉപദേശം മാറ്റി ഉപദേശിക്കാത്തത് ആദ്യ ഉപദേശം തന്നെ ഏത് അഭയവും അമൃതം ഏത് ബ്രഹ്മ അപ്പം ഉപദേശത്തെ ഗ്രഹിച്ചത് സ്വന്തം അന്ധതയാണെങ്കിൽ അതിൽ കൃതാർത്ഥനായാൽ അത് പറയുന്ന അനുപപദ്ധ്യമാനുമതി അങ്ങനെയൊന്നും ഗ്രഹിക്കാൻ പാടില്ല ഗുരു ഗുരുവിൻ്റെ ദോഷത്തെ ഉപദേശിച്ചല്ല പറയുന്നത് ഗുരു പരമമായ കല്യാണത്തെ കരുതിയാണ് ഉപദേശിക്കുന്നതല്ല പക്ഷേ താൻ വിപരീതഗ്രാഹിയാണ് താൻ വിപരീതമായി ഗ്രഹിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ സദാ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഗുരുപദേശത്തെ വിപരീതമായി ഗ്രഹിക്കുക അത് പാടില്ലാതാന്ന് പറയുന്നത് അനുപാദ്യമാനം അഭി വിപരീതമർത്ഥം വിപരീതാർത്ഥത്തെ ഗ്രഹിച്ചു അത് സംഭവിച്ചു താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് യോഗ്യതയില്ലാത്തതുകൊണ്ട് എന്താണ് ശരീരം ആത്മീയത പ്രതിപന്ന ശരീരം ആത്മാവാണെന്ന് ബോധിച്ചു അപ്പം അവിടെ സംശയം ചോദിച്ചു ഗുരുലബി മഹാപുരുഷ സംശയം അത് തന്നെ വളരെ അപൂർവമായ കാര്യമാണ് അങ്ങനെ മഹാപുരുഷ സാമീപ്യം വന്നിട്ട് ഒരുവൻ നശിക്കുമോ ഈ പറയുന്ന അനുസരിച്ച് അങ്ങനെയാണല്ലോ ആദ്യ ഗുരുവന്റെ അടുത്ത് പോയി ഉപദേശം കേട്ടിട്ടും വിരോചനം നശിച്ചു സ്വയം നശിച്ചു എന്ന് മാത്രമല്ല കുറെ എണ്ണത്തിന് നശിപ്പിക്കുകയും ചെയ്തു ഇതുപദേശിച്ചിട്ട് അങ്ങനെ ഒരു ഗുരുപ്രാപ്തിയിൽ ഗുരുവൻ നശിക്കുമോ സംശയം നശിക്കാം ഒരു സംശയവും വേണ്ടെന്നാണ് ഇവിടെ ഉപനിഷത്ത് പറയുന്നത് അനേക ജന്മങ്ങളിലേക്ക് നശിക്കും ഒരു സംശയവും വേണ്ട അസുരന്മാർക്ക് പറ്റിയതുപോലെ എന്നാൽ പിന്നെ മഹാപുരുഷ സംശയം കൊണ്ട് എന്താ ഫലം മഹാപുരുഷ സംശയം കൊണ്ട് പുണ്യം ഉണ്ടാകും ആ പുണ്യത്തിൻ്റെ ഫലമായി കുറേയൊക്കെ നശിച്ചിട്ട് എന്നെങ്കിലും രക്ഷപ്പെടും അത്രയും ആശ്വസിക്കാം നേരിടാൻ പോകുന്ന നാശത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ ശ്രീതി വ്യക്തമായി പറയുന്നത് അപ്പോൾ അത് നശിക്കാതിരിക്കണമെങ്കിൽ അവിടെ തപസ് വേണം ഗുരു സാമീപ്യം മാത്രം പോലെ മഹാപുരുഷ സംശയം മാത്രം പോലെ തപസ്സും വേണം ആ തപസ്സുകൊണ്ട് ഈ പറയുന്ന വിപരീത ഗ്രഹണത്തെ ഒഴിവാക്കണം ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ താൽപര്യം ഗ്രഹിക്കണം അല്ലെങ്കിൽ ഗുരു സന്നിധിയിൽ കഴിഞ്ഞതുകൊണ്ട് മാത്രം രക്ഷയില്ല അടുത്ത ജന്മത്തിൽ നായായി ജനിക്കും ഇതും ശ്രുതി തന്നെ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അങ്ങനെ പറയും അങ്ങനെ സംഭവിക്കാം അത് ശരിയായി ഗ്രഹിച്ചിരുന്നെങ്കിൽ വിപരീതാർത്ഥത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ അനേക ജന്മങ്ങളും നരകത്തിൽ പോകും പക്ഷേ ഗുരു പ്രാപ്തിയുടെ പുണ്യം അവനു ശേഷിക്കും ഈ പാപങ്ങളെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ ആ പുണ്യം കൊണ്ട് എന്നെങ്കിലും രക്ഷപ്പെടും എന്നാൽ ചെല്ലുപറി എന്നാൽ എനിക്കത് മതി ശരി മതി വിരോധമുണ്ട് അത് മതിയെങ്കിലും അത് മതി ഇവിടെ എങ്ങനെയാണ് പറയുന്നത് തൽക്കാലം അത് മതിയെങ്കിലും അതിരുന്നോട്ടെ വിരോചനും കൂട്ടർക്കും പറ്റിയതുപോലെ ആയിക്കോട്ടെ ചിലത് പറയും എന്ത് പറയാലും പറയും എനിക്കത് ഇഷ്ടമാണെങ്കിലോ ശരി ഇഷ്ടം ആരുടെയും ഇഷ്ടത്തിൽ ശ്രുതി കൈകടത്തുന്നില്ല അതങ്ങനെ ആയിക്കോട്ടെ മറിച്ചാണെങ്കിലോ തഥാ ഇന്ദ്രോ പറയും അതൊന്നും ഇഷ്ടമല്ലാത്തവരുമുണ്ട് അത് മതിയെന്ന് കരുതാത്തവരുമുണ്ട് ഞാൻ പറയുന്നത് ഗുരുവിൻ്റെ ഉപദേശത്തെ കേൾക്കുകയും അതിൻ്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കാതിരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ വരുന്ന ഫലം മറിച്ചാണെങ്കിലോ തഥാ ഇന്ദ്ര ദേവരാട്ട് ഇന്ദ്രൻ അസഹൃത് പലതവണ ഉപദേശിക്കേണ്ടതു യോഗ്യനായിട്ട് കൂടി ദ്വിത്രിരുതം ആദ്യമൊന്നുപദേശിച്ചു ശരിയായില്ല രണ്ടാമത് ഉപദേശിച്ച് വീണ്ടും ഉപദേശിച്ചു ആവൃത്തിൽ അസഹൃത് ഉപദേശിച്ച ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിക്കുന്നു അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചത് അനുഷ്ഠിക്കണം അപ്രതിബദ്ധ്യമാനഹ അതേ ദോഷം വിരോധനുണ്ടായിരുന്ന ദോഷം കുറേയൊക്കെ ഇന്ദ്രനും ഉണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നു കുറേയൊക്കെ ഉണ്ടായിരുന്നു അപ്രതിബദ്ധ്യമാനവ്രിച്ചില്ല വാസുരന്മാരും ദേവന്മാരും ആശ്രമങ്ങളിലും കാണും ഗുരുസന്നിധിയിലും കാണും ഇവിടെയും ഗുരുസന്നിധിയിലും രണ്ടുപേരും വന്നു അസുരനും വന്ന് ദേവനും വന്നു അപ്രതിപദ്മാനാഹ് ദേവനുമുണ്ട് ദോഷങ്ങൾ ദേവനെന്ന് പറഞ്ഞിട്ട് കാര്യം ദോഷം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയില്ല അവിടെയും പറയുന്നത് എന്താണ് സ്വഭാവദോഷ അവനും ഉണ്ടായിരുന്നു സ്വഭാവദോഷം ആരും പൂർണ്ണന്മാർ ഗുരുവിനെ കണ്ട് അതുകൊണ്ടൊരാള് പൂർണ്ണനാകുന്നില്ല ഗുരുവിന്റെ സന്നിധിയിൽ കഴിഞ്ഞു അതുകൊണ്ട് പൂർണ്ണനാകുന്നില്ല സ്വഭാവദോഷം പിടികൂടിയിട്ടുണ്ട് സർവ്വരെയും പിടികൂടിയിട്ടുണ്ട് സ്വഭാവദോഷത്തിൽ നിന്ന് ആരും മുക്കരല്ല പക്ഷേ സ്വഭാവദോഷക്ഷയം അപേക്ഷിക്കുക ആ സ്വഭാവദോഷക്ഷയം അത് സംഭവിച്ചു എപ്പോ ചതുർത്ഥര്യേ നാലാമത്തെ അവസരത്തിൽ പര്യായത്തിനുള്ള അവസരത്തിൽ സന്ദർഭത്തിൽ ആ സ്വഭാവദോഷക്ഷയം എങ്ങനെ സംഭവിച്ചു അതാണ് ശ്രുതി പറഞ്ഞ എന്താണ് ബ്രഹ്മചര്യ പാലനത്തിലൂടെ തപസ്സിലൂടെ ജീവിതം തന്നെ അവരെ തപസ്സാക്കി മാറ്റി ഇന്ദ്രൻ അതിനുവേണ്ടിയിട്ടാണ് ഈ നൂറ്റിയൊന്ന് വർഷമെന്ന് പറഞ്ഞത് ശതം വൈ പുരുഷ പുരുഷന്റെ ആയുസ് നൂറു വർഷമൊന്നാണ് അപ്പൊ ആ പുരുഷ ആയുസ് മുഴുവൻ തപസ്സനുഷ്ഠിച്ചോ ഇതൊന്നും ചെയ്യാതെ എന്താണ് കുറെ ഉപനിഷത്ത് വായിച്ച് പലപ്പോഴും പത്രമാസികളിൽ നിന്നാ വായിക്കും ഒരു ഗുരുവിൻ്റെ സമീപത്തെ പോയി ഇത് ശ്രമിക്കാൻ ഉള്ള വിനയമില്ലാതെ തികഞ്ഞ ഔദ്ധ്യത്വത്തോടു കൂടി ജീവിച്ച് സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് ഇത് കുറേയൊക്കെ മനസ്സിലാക്കി ഉപദേശിച്ചിട്ട് പറയണതാണ് ഈ ബ്രഹ്മചര്യൊന്നും ആവശ്യമില്ലാത്തതാണ് വാസം വായിച്ചാൽ മതി അഷ്ടാവക്ര ഗീത വായിച്ചാൽ മതി ബ്രഹ്മജ്ഞാനിയാകും എന്ന് പറയുന്നവരുടെ കഥ അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് പരമാബദ്ധത്തിലാണ് സ്വയം നരകത്തിലേക്ക് പോകുന്നു മറ്റുള്ളവരെയും നരകത്തിലേക്ക് നയിക്കുന്നു അപ്പോ ഒരിക്കലും സാധനകളെ നിഷേധിക്കാൻ പാടില്ല അതാണ് എത്ര വലിയ വേദാന്തം കളമ്പിയാലും സാധനകളെ നിഷേധിക്കാൻ പാടില്ല അത് ഗ്രഹസ്ഥന മാത്രമല്ല ഇത് സന്യാസിമാരും ചെയ്യും എന്താണ് വിധി നിഷേധങ്ങളൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദാന്തം ശാസ്ത്രം പഠിച്ചാൽ മതി ഉപദേശിച്ചാൽ മതി ഞാനിയാവും സന്യാസിമാരും ഉപദേശിച്ചാറുണ്ട് ദേശൻ മാത്രമല്ല ഈ അബദ്ധം ചെയ്യുന്നു അതൊക്കെ അസംബന്ധമൊന്നാണ് ജീവിതത്തിൽ ഉടനീളം എന്താണ് തപസ് മുഴുകിയാലേ ഈ പറയുന്ന സ്വഭാവദോഷം അത് നശിക്കത്തുള്ളൂ അത് ജനനാൽ ജന്മത്തോടു കൂടി വന്നതാണ് തപസ്സുകൊണ്ടത് മാറ്റേണ്ടതാണോ അതിന് ഏത് സാധനയാണോ എന്നതെന്നില്ല അങ്ങനെ സ്വഭാവദോഷം ക്ഷയിച്ചപ്പോൾ അത് ഒരു സാധകനെ സംബന്ധിച്ച് മാത്രമാണ് മഹാത്മാക്കളിൽ തന്നെ എന്താണ് ജന്മനാ മഹത്വത്തോടു കൂടി ജനിച്ചവർ അവർ തന്നെ ജീവിതത്തിൽ തപസ്സും മറ്റും തപസ്സിനും മുഴുകുന്നതായി കാണുന്നുണ്ട് ഒന്ന് എന്താണ് സാധകന്മാർക്കൊരു ഗുണപാഠമായിരിക്കാൻ വേണ്ടി ഒരു പ്രയോജനം മറ്റൊന്നും തൻ്റെ തന്നെ ഈ പറയുന്ന ദോഷങ്ങളെ കണ്ടിട്ടെ എന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ജന്മവൈശിഷ്ടമുള്ള മഹാത്മാക്കൾ കൂടി തപസ്സനുഷ്ഠിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയാനുണ്ട് വേദാന്തം പഠിച്ചിട്ടൊന്നും ആവശ്യമില്ല തപസ് കൂടാതെയുള്ള ശ്രവണം കൊണ്ട് സാധ്യമാകുമെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്നാൽ ശാസ്ത്രത്തിൽ തന്നെ തപസ്സിനെ നിഷേധിക്കുന്നുണ്ടോ എന്തിനു വേണ്ടി ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് തപസ്സിന്റെ ഫലമല്ല തപസ്സിന്റെ ഫലം കർമ്മശഹനനമാണ് തപസ്സുകൊണ്ടല്ല അത് നേടിയത് കർമ്മം കൊണ്ടല്ല യോഗം കൊണ്ടല്ല പ്രാണായാമം കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിന്റെ ഫലമായിട്ടത് നേടി അത് ജ്ഞാനത്തിൻ്റെ ഫലമാണ് എന്ന് പറയുന്നു ആ മുക്തി ജ്ഞാനത്തിന്റെ ഫലമാണ് പക്ഷെ ജ്ഞാനത്തിന് തപസ്സാവശ്യമാണ് അല്ലെങ്കിൽ ജ്ഞാനം ജ്ഞാനം നേടിയിട്ടില്ലേ പിന്നെ മുക്തി ഇനി ജ്ഞാനം അതും തപസ്സിന്റെ ഫലമല്ല ശ്രവണത്തിന്റെ ഫലമാണ് ഈ തരത്തിൽ വിഭജിച്ച് പറയും അത് പറയുന്നിടത്ത് ആ രീതിയിൽ തന്നെ മനസ്സിലാകും ആ ശ്രവണത്തിൻ്റെ സാക്ഷാത് ഫലമാണ് ഞാനും തപസ്സതിനെ സഹായിച്ചെന്നേ ഉള്ളൂ പക്ഷെ ആ സഹായം ഒഴിവാക്കാൻ പാടില്ല അതുകൊണ്ട് ശാസ്ത്രത്തിൽ ഇത് പറയുന്നത് വിവേചിച്ച് മനസ്സിലാക്കണം ചിലടത്ത് പറയും തപസ്സാവശ്യമില്ല ചിലടത്ത് പറയും ശ്രവണം കൊണ്ട് തന്നെ ഞാനുണ്ടാകും ഒന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിനെങ്ങനെ നിഷേധിക്കുന്നു മറ്റൊന്നിനെങ്ങനെ അംഗീകരിക്കുന്നു എന്നുമാണ് വ്യക്തമായും മനസ്സിലാവും അതുകൊണ്ടിവിടെ പറയുന്നു ആ സ്വഭാവദോഷത്തെ അപേക്ഷിച്ചിട്ട് ഇന്ദ്രൻ്റെ ആ ദോഷനാശത്തിൽ ചതുർത്ഥിയെ പരിയായേ പ്രഥമോക്തമ ബ്രഹ്മപ്രതി പ്രതിപന്നവാൻ ആദ്യം ഉപദേശിച്ചത് തന്നെ സത്വമസിക്ക് അപ്പുറം ഉപദേശിക്കാനൊന്നുമില്ല അവിടെ ഒമ്പത് വാരം ഉപദേശിച്ചു എന്ന് പറയും നവവാരം അതുപോലെ ഇവിടെ നാല് ഉപദേശിച്ചു അത് വേദത്തിൽ ഈ ഉപദേശത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലല്ല ഉപനിഷത്തുകൾ അവിടെയെല്ലാം ഒരു തപസ്സിനെ കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അദ്വൈത തുടങ്ങുന്നവർക്കെല്ലാം സാധന ചതുഷ്ട സമ്പന്നനെന്ന് പറയുന്നു തപസ് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അത് അശാസ്ത്രീയമാകരുത് ദോഷം വരുന്ന രീതി ആകരുത് അത് ഭാഷകാലം നിഷേധിക്കുന്നു തപസ്സെന്ന് പറഞ്ഞെന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ച് ആരോഗ്യത്തെ നശിപ്പിക്കരുതെന്നും പറയുന്നുണ്ട് വ്യക്തമായി രോഗം പിടിപെടും യോഗിയാകുന്നതിന് രോഗിയാകും അതും പറയുന്നുണ്ട് ഒടുവിൽ നാലാമത്തെ ഉപദേശം കൊണ്ട് പ്രതിപന്നമാൻ അതിനെ ഇന്ദ്രൻ എന്നർത്ഥം അത് തന്നെ വിശദീകരിക്കുന്നു ലോകേപ്പി അകസ്മാ ഗുരു ശൃണ് യഥാവത് പ്രതിബദ്ധ്യത കസ്യ വിപരീതം കസുന്ന പ്രതിബദ്ധ്യത ശ്രുതിയുടെ കാര്യം വിടുക ലോകത്തിലേക്ക് വരാം ലോകത്തിൽ നമ്മൾ പല വിദ്യകൾ പഠിക്കുന്നു ഒരു ഗുരുവിന്റെ ശിഷ്യനും ഒരു ഗുരുവിന്റെ സാമീപ്യത്തിലിരിക്കുന്ന ശിഷ്യന്മാരിൽ അതാണ് ശൃണ് അനേകം പേര് കേട്ടുകൊണ്ടിരിക്കുന്നു ശിഷ്യന്മാർ അതിൽ കസ്റ്റിത് യഥാവത് പ്രതിബദ്ധരെ ചിലർ പറഞ്ഞത് ശരിക്ക് ഗ്രഹിക്കുന്നു ശ്രവണ മാത്രേ തന്നെ ഗ്രഹിക്കുന്നു എന്നു പിന്നെ അവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല കസ്റ്റിത് അയഥാവത് മറ്റൊരാണെങ്കിൽ ചിലരാണെങ്കിലോ ഭാഗികമായി അപൂർണമായി ഗ്രഹിക്കുന്നു കുറേയൊക്കെ മനസ്സിലാവും കുറെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടി വരും ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും ഇത് ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നതല്ല എന്നാൽ ആത്മവിദ്യക്കും ചേരുന്നതാണ് ലൗകിക കാര്യം പറയുകയാണ് നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ച കാര്യം പറയുകയാണ് കശ്യത് വിപരീതം ചിലരാണെങ്കിലോ നേരെ തലതിരിഞ്ഞ് മനസ്സിലാക്കും ആചാര്യൻ പറഞ്ഞതല്ല ശിഷ്യം മനസ്സിലാക്കിയത് കശ്യ പ്രതിബദ്ധതയെ ചിലർ ഒരു വിശേഷവും ഉണ്ടാവുന്നില്ല മൂഢന്മാർ സിനിമ കാണുന്നതുവരെ കണ്ടുകൊണ്ടിരിക്കും അവസാനം പറയും വളരെ ക്ഷേമമായിരുന്നു അല്ലെങ്കിൽ പറയും മഹാമോശമായിരുന്നു രണ്ടും പറയും അവരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാനുള്ള അറിവ് മാത്രം ഉണ്ടാവും വേറെ ഒരു അറിവുണ്ടാകട്ടുണ്ട് ഏതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയും ഏത് ഗ്രന്ഥം വായിച്ചിട്ടും അഭിപ്രായം പറയും ശങ്കരാചാര്യ കൊള്ളാം അല്ലെങ്കിൽ പറയും മോശം രാമാനുജൻ തിരക്കേടില്ല കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയും പ്രസംഗിക്കും എഴുതും ആധികാരികമായി പറയും അതാണ് കസ്റ്റിന്ന പ്രതിബദ്ധ്യത അവനൊന്നും ഗ്രഹിച്ചിട്ടില്ല അവന് ശങ്കരാചാര്യനെ അറിയില്ല രാമാനുജനെ അറിയില്ല അവനെയും അറിയില്ല അങ്ങനെ ഒരു കൂട്ടിലുണ്ട് ഇന്നത്തെ മിക്കപറിലുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ഹിമവക്തവ്യം അതീന്ദ്രിയം ആത്മതത്വം ഇത് ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതീന്ദ്രിയമായിരിക്കുന്ന ഈ ശ്രവണത്തെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് പറയാനാണോ അത് ഇതിനെക്കാളും കഷ്ടമാണെന്നർത്ഥം അത് പറയുന്നെന്താണോ അതിൻ്റെ താല്പര്യം എന്താണോ നമ്മളിത് ശ്രവിക്കുന്നു അത് ശ്രവിക്കുന്നത് കൊണ്ട് ഇതിനെ ബോധിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി അതിൽ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിഷമിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് മറിച്ച് ആ ഇവിടെ പറഞ്ഞ സ്വഭാവദോഷം അതിന്റെ പരിഹാരത്തിനുള്ള യത്നങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഇതിന്റെ ആവർത്തി ഉൾപ്പെടെയുള്ള യത്നങ്ങൾ അത് ചെയ്യാനാണിവിടെ ഭാഷ്യകാരൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇന്ധനം സംഭവിച്ചതുപോലെ ചതുർത്ഥയെ പരിയായി ഇന്ധനത് നാലാമത്തെ തവണ പക്ഷെ നാല് തവണ ഇത് കേൾക്കുന്നതിനകം നൂറ്റിയൊന്ന് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു അതുപോലെ ഇത് ഈ സത്യം നിശ്ചയമായും വെളിപ്പെടും എന്നാണ് ശ്രുതിയും ഭാഷകാരനും പറയുന്നത് അതിന് വേണ്ടുന്ന തപസ് സാധന ബ്രഹ്മചര്യം അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ േബ്രഹ്മണോ യം യു അഥനു മീമാവേ മേ വിതം